ഒന്നിൽ മറ്റൊരു എല്ലുമ്പോ മറ്റുകാര്യം ആകെ മൂന്ന് കാര്യമാണ് ലാകെ ഇങ്ങനുള്ളത് ഈ മൂന്നെണ്ണത്തിന്റെ ഫതായികൾ പറയുന്ന ആയത്ത് ഹദീസ് അവനക്കന്മാറ കലാമല്ല ഇനി ബുദ്ധിപരമായ തെളിവാണ് പറയുന്നു എന്റെ മഹത്വങ്ങളൊക്കെ പറയുന്നു ബുദ്ധിന്റെ തെളിവ് ഉണ്ടാവല്ലേ അതാണ് എന്ത് വിഷയത്തിൽ ിൽഗിന്റെയും കാലുവിന്റെയും കാലിമിന്റെയും അതായത് മഹത്വം അറിയിക്കാം ആരാ വായിക്കുന്നെങ്കിൽ ഈ ബാബ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എൽമിന്റെ മഹത്വം അതെത്രമാത്രം അമൂല്യമാണ് എന്നറിയലാണ് ഈ ബാബ് കൊണ്ട് മനസ്സിലാക്കുന്നത് വമാലം തുഹ ولم يتحقق المراد منها لم يمكن ان تؤدم وجودها صفات للعلم او لغيره من الخطا عاد يم فضيلهது என்ன சாதனின்றது என்னெண்டே என்னின் فضيلهதுன்றானே முலாफலഹി மெயே கொடுகா சுルகத்து பெரனும் فضيلهதுன்றானே என்னெண்டேங்க இக்கோட்ட அவலுன்றதோ ஜமாஅத்தினதோ ilmuன்றதோ தஃவீஹின்தோ தஹரீயின் கயீஜேங்கானு ஒரு முதலகாயே فضيلతதா ആ പവീരത്തിന്റെ മായന മനസ്സിലാക്കാത്ത കാലത്തോളം മറ്റൊന്നോ ആ പവീലത്ത് കൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും സഹിക്കാവാത്ത കാലത്തോളം അത് മറ്റൊരു സാധനത്തിന്റെ പസാക്കം പറ്റൂലാണ് ഈ ജമാത്തിന്റെ പവീലത്ത് ഇക്കായത്തിന്റെ പവീലത്ത് വധുവിന്റെ പവീലത്ത് നോമിന്റെ പവീലത്ത് എന്ന് പറഞ്ഞതിന് മുമ്പ് നമ്മുടെ പവീലത്ത് ഉണ്ടെന്ന് പറഞ്ഞു എന്തിനീമിന്റെ അപ്പൊ രണ്ടു കാര്യം അറിയണം മുതാഫും മുതാഫും ഇരയിൽ അറിയാത്ത കാലത്തോളം സൈദിന്റെ ആട് എന്ന് പറഞ്ഞാൽ സൈദം താന്ന് അറിയണം ആട് എന്നുള്ളതാണെന്ന് അറിയാത്ത കാലത്തോളം രണ്ടും തിരിയലല്ല അപ്പൊ ഫമീരത്ത് ഇൽമിന്റെ ഫമീരത്ത് എന്ന് പറഞ്ഞാൽ ഇൽമന്ത് തിരിയണം ഫമീരത്തം താൻ തിരിയണം എൽമാവട്ടാവൂലി സൈല വേറെ കാര്യത്തിന്റെയും തിരക്കില്ല സക്കത് മല്ല അണിത്തണിക്ക് മന്ദിദൻ ഹക്കീമൻ ഉദാഹരണ പറയുന്നു സൈദ് എന്നൊരാള് ഹക്കീമാണോ എല്ലയോ എന്ന് അയാൾ തിരിച്ചറിയണം അതിനാദ്യമായിട്ട് ഹക്കീം എന്ന് പറഞ്ഞാൽ ആരാതിരിയണ്ടേ സൈദ് ഡോക്ടറാണോ എല്ലയോന്ന് തിരിയണമെങ്കിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആരാധനം ചെയ്യണ്ടേ എന്നിട്ട് വണ്ടേ അത്യാളെ അച്ചുണ്ടോ ഡോക്ടറെ പറഞ്ഞ കാർ ഓടിക്കുന്ന ആളാകുന്നു എന്ന് മനസ്സിലാക്കിയാല് ഷമതാരായി ഡോക്ടർ അല്ലെ ബഹുബ ബാദു ഇയാളാണെങ്കിൽ ഇതുവരെയും ലം യം മാനൽ ഹിക്കിമത്തി ഈ ഹക്കീമാവുക എന്നതിന്റെ ഉള്ളിൽ ഹിക്കിമത്തുണ്ടല്ലോ ഹിക്കിമത്ത് ഉള്ള ആളാണല്ലോ ഹക്കീമുണ്ട് ഹിക്കിമത്തിന്റെ മാനയും അതിന്റെ ഹട്ടിക്കത്ത ഒരാൾ അറിഞ്ഞിട്ടേ ഏതുപോലെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ഇങ്ങന അത് അറിയാത്ത കാലത്തോളം ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടാവില്ല അതുകൊണ്ട് ആദ്യം ഫകീലത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞതാ അതാ ഫവീലത്ത് എന്ന് പറഞ്ഞാൽ പകുതിൽ നിന്ന് പിടിച്ച ഫകീലത്താണല്ലോ പകുതി പകുതി എന്ന് പറഞ്ഞാൽ രണ്ട് സാധനം ഒക്കെ ഏതും കൊന്നിനും ഒരു അധികപ്പെട്ടിണ്ടാവും അയാ അധികപ്പെട്ടാണ് പകുതി പകുതി ഉള്ളത് ഈ രണ്ട് വെള്ളി കഴിഞ്ഞാൽ ആ ഏതാ പൊതുവെ ഇതിന്റെ പൊതുജനം തന്നിട്ട് ആ ഞാൻ ആയിരുന്നു അങ്ങനെ ഇത് രണ്ടും ഇന്റെ അളവിൽ കഴിച്ചതിന് ശേഷം അധികം പറ്റാതെ പൊതുവെ കയറ്റുവാക്കിതല്ലേ അറിയുന്നത് ആ അത് മൃഹൂതത്വം മിനൽ പതിലിൽ പൊടിച്ച പതിയിലത്ത് പതിലാണ് വഹിയ സിയാദ എന്തായി പതിയിലെത്ത് അത് സിയാദെത്ത് എന്ന ചൈതാനി കി അമ്രിൻ രണ്ടു വസ്തു ഒരു കാര്യത്തിൽ ഒരുപോലെ ഇത് വക്തസ്ഥ രണ്ടിൽപ്പെട്ട ഒന്ന് പ്രത്യേകമായി മസീദിന്റെ അത് നമ്മൾ രണ്ടുപേരിൽ കണ്ടെണ്ണം ഈ അളവിൽ കൂറാണ് ഇവിടുത്തെ അങ്ങോട്ട് അളവ് അധികം ഇതാണ് ഇതിന്റെ പകുതിൻ എന്തെങ്കിലും ഒരു ദിയാനത്ത് കൊണ്ട് മുക്തച്ചായ യുദ്ധ പതലുണ്ടാ ആ ദിയാനത്തിന് ആ മസീദിനെന്താ പറഞ്ഞു എന്നും പറഞ്ഞു എപ്പോൾ മഹമാകാലത്ത് സീമാഹോ കമാലു താലിച്ചി ആ ശിന്റെ കമാലിൽപ്പെട്ടതായിരിക്കും പോണീ സാധനം ഇവിടെ കൊണ്ടാണ് ഒരു തൊക്കിയിട്ട് കൊടുത്തിട്ട് ഇവിടത്തെ കള്ളാത്തിൽ വെച്ച പീനാക്കളം വെട്ടം കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിരലിന്റെ കമാലൊന്നും അല്ല ആ ഇവിടെ കള്ളാർ ഓവറ്റി ഇരിക്കുന്ന രണ്ട് വിരലിനേക്കാണ് ഇതിനെ കുറച്ച് ജീവിച്ചു വരുന്നത് എന്താണോ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ പൊതുല അല്ല ഏതാ ഇതും കേട്ടിട്ട് ഇവിടെ നിങ്ങോട്ട് അഷ്ടയ പൊതുലാവുള്ളൂ ഇതിനെ കമാലിൽ പെട്ടെന്ന് വെച്ചിട്ട് ബാക്കിയുള്ള പൊതുലാവില്ല കമാലു അനുദാഹരണം പറയാ അൽ ഫാറസുൽ ഹിമാർ ഇവിടെ രണ്ട് സൈഹേതാ ഒന്ന് ഹിമാർ ഒന്ന് കുതിര അല്ലേ ഇവിടെ പറതലാണ് ആനയെക്കാൾ ഹിമാറിനേക്കാൾ അതിന്റെ അർത്ഥം എന്താ ഹിമാറും പറസും കൂടെ ഒത്തുകൂടുന്ന കുറെ മേഖലകളുണ്ടാവും അതിന് പുറമെ എന്തുണ്ട് കുതിരക്ക് ഉള്ളതും കൈതക്കില്ലാത്തതുമായ സാധനണ്ട് മനുഷ്യൻ അഫതലാണ് ആരേക്കാൾ ആനയേക്കാൾ അല്ലെങ്കിൽ പോത്തിനേക്കാൾ അപ്പൊ മനുഷ്യനും പൂത്തും കൂടെ ഒത്തുകൂടുന്ന രംഗമുണ്ട് അതിനുശേഷം എന്തോ ഒരു തിയാഗത്തുകൊണ്ട് ആരും പോകുന്നുണ്ട് മനുഷ്യൻ വേറുകൊടുക്കുന്നു ോ എല്ലേ വേറെ പറഞ്ഞോ അതിന്റെ അർത്ഥം ഹണ്ണി കഴുതക്കും കുതിരക്കും ചവട് വഹിക്കാൻ കഴിയും എന്ന വിഷയത്തിൽ കൂറു വെച്ചോ അല്ലേ വയനീരും അനു കൂപത്തിൽ കറി വൽ ഇപ്പൊ സിദ്ധത്തിൽ നാല് അഞ്ച് പതായിരായിട്ടുണ്ട് കുതിരക്കുണ്ട് ഒന്നെന്താന്ന് പറഞ്ഞോ കർവ് ഉപത്തിൽ കർവ്വെന്ന് പറഞ്ഞാൽ ഓട്ടത്തിന്റെ ശക്തി ചൈതക്ക് അത്ര ചെയ്തിട്ടില്ല ഫെർവെന്ന് പറഞ്ഞ എന്താക്കാൻ ഓടിയന്നെന്താക്കാൻ പെട്ടെന്ന് തിരിച്ചു തരാൻ ചെയ്യുന്നത് ഓടിയാമേ ഓടിയൊക്കെ പെട്ടെന്ന് കണ്ട്രോളാക്കിണ്ടാക്കാം അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു തരാൻ എന്താ കർവം ഫെറു പിന്നെ ശിദ്ധത്തിൽ അതുവ് കഠിനമായ ചാട്ടം പിന്നെ കാഴ്ചക്ക് നല്ല ഭംഗിയും ശൈതക്കില്ലാത്ത ഭംഗി അരിക്ക്ണ്ട് കുതിരക്കുണ്ട് ഇതെല്ലാം അതിന്റെ പതായി അപ്പം ഫലവ ഹിമാറൻ്റെ കമാലാത്തിപ്പെട്ട സാധനങ്ങളാണ് ഇനി പറയുന്നത് കേഴുതന്റെ മോള് ഭയങ്കര കെട്ടുവെച്ചോടുത്തു ഒരു ചാത്തം കെട്ടുവെച്ച് കുതിരക്ക് കാഴ്ച കിട്ടൊന്നും വിച്ചിട്ടില്ല ഇതിപ്പണന്നു നോക്കിയാലേ അവിടെ ജിയാത്തിന്റെ കേന്റെ മൊത്തത്തില് കെട്ടതികണ്ട് എന്നുള്ളത് ചോദിച്ചത് അതുകൊണ്ട് അതിന്റെ മൊല്ല എന്ന് അറിയില്ല കാരണം അതിന്റെ അതിഥല്ല എന്ത് നമ്മളിമാ ല്ലേ വൈനസിന്റെ ഉള്ളിലൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇതെന്തിനാ പറയുന്നത് ഹിമാറുകാലൊക്കെ ചെയ്യണ്ടേ പൊരിന്ന ഹിമാറുൻ ഒരു കഴുതണ്ട് ഇതിന്റെ പുറത്ത് സാധുരായ ഒരു കെട്ടിൽ അടവെച്ചോട്ട് കുതിരയായിട്ട് ധാരണ ചെയ്യുമ്പോ കുതിരക്കില്ലാത്ത കെട്ടടിക്കണ്ടായിരിക്കും എന്നാൽ ചെക്കോളും ആ കാരണം പറഞ്ഞുകൊണ്ട് ഇത് അപ്പുറം ആ തിൽ അറ്റതാ അത് ജിസ്മിയിലുള്ളൊരു ധ്യാദ മാത്രമാണ് ഒരൊപ്പസ്ഥാനവും മയവത്തുമ്പിൽ കമാലി ഫിഇൻ അത് മയനയിലും കമാലിലും എന്തല്ല ഒരു പൂർണ്ണതീ പറയണില്ല എക്സ്ട്രാ പന്ത് വെച്ചത് സാധനമേ ഉള്ളൂ ഹൈവാന് ഈ ഹൈവാൻ എന്തിനാ മത്തുലൂമ അതിന്റെ മാനാക്കു വേണ്ടി അതായത് ഓരോ സാധനവും എന്താവശ്യത്തിന് വേണ്ടിയിട്ടുണ്ടാവും അതിന്റെ മോളിൽ കെട്ടുണ്ടാവുക എന്നതിന്റെ മാന ഒന്നുമല്ല അതിന്റെ സിഫാത്തിനും വേണ്ടി മത്തുലൂബമാണ് ലാ ലിസ്മിഹി അതിന്റെ വേണ്ടി മുറാതല്ലാതെ അത് ഉദാഹരണം പന്ത് തൂർത്തു ഫഹി ഇതൊന്നും ശരിക്കും മനസ്സിലാക്കിയ നിനക്ക് ഹസിയായതല്ല നിനക്ക് മറഞ്ഞ് കിടക്കൂലും എടുക്കാം ഇൽമല്ലാത്ത ബാക്കി ഔസാഫെല്ലാം എടുക്കാം എന്നാ ഇൽമിനുണ്ട് ഇത് പ്രത്യേകം പബ്ലിക് ഉണ്ടെങ്കിൽ വെറുതെല്ലോ ഔസാഫപ്പെടുത്തും കുതിറത്തോ ഇറാദത്തോ എല്ലാ കമാലത്തും പെച്ചിങ്ങിട്ട് ഞാൻ ഇരുമിനെയും വെച്ച് നോക്കിയാൽ ഇതിനൊന്നും ഇല്ലാത്തൊരു പവറായിട്ട് കാണാം ഇരുമിന് തന്നെ കണന്നിരുന്നു ആ പമിരിപോലെ കമാഅസിൻ ഹെമാന നമ്മളെ ഉദാഹരണത്തിൽ ഒരു ഭാഗത്ത് കുതിര മുതൽ സ്ഥാനത്താരെ വെച്ച അല്ലേ പിന്നെ മറ്റുള്ള അയവാനാത്തിന് വെക്കുന്ന സ്ഥാനത്ത് ആന വെച്ച് ബാക്കി സിപാത്തും വെച്ചാൽ കൊതുകക്കുള്ള തെളിയില്ലതുപോലെ വൻ എന്ന് മാത്രമല്ല ചിദ്ധത്തിൽ അടുവി ഫമീരത്വം പറത്തി പുതിരയെ സംബന്ധിച്ചിടത്തോളം ഈ ചാട്ടത്തിന്റെ ശക്തി ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഫതീരത്താണ് വളരെ ചത് ഫീരത്തൻ അല്ലല്ലിത്തിൽ ആൾക്ക് മൊത്തത്തിൽ ഫതീരത്താന്ന് പറയാനും പറ്റൂല ആന ആനക്ക് ഉദാഹരണം പറയാം വേഗത്തിലോടന വണ്ടിക്ക് വേഗത്തിന്റെ ഓടലാണ് അതിന്റെ വേഗത അതിന്റെ സാവധാനം വേണത് അതിന്റെ പണീരത്തെ സാവധാനത്തിലാവലാണല്ലോ അല്ലേ അവ അനല്ലാത്ത പനീരത്താന്ന് ഒറ്റ പറയാൻ പറ്റില്ല ഇപ്പൊ റോഡ്മറക്കുന്ന വണ്ടി അതിന് സ്പീഡ് ഉണ്ടാകില്ല ഇല്ലാണ്ട് പതിവ് എന്റെ പണീരത്ത് പറഞ്ഞിട്ട് ഇല്ലാണ്ട് സ്പീഡ് ഞങ്ങൾ ഓടിപ്പോയി കഴിഞ്ഞാല് പിന്നെ നില ഉറപ്പിക്കാനൊന്നും കഴിയില്ല അത് മാറി വർക്കും പോലെ അറ്റ പ്രത് കാര്യമില്ല അത് പതുക്കെ പോകാൻ അതിന്റെ കൊടുക്കാം നമുക്കിവിടെ വഹിച്ചാൽ മറ്റേതോ വഹിച്ച് കുറഞ്ഞിട്ട് പേര് നിത്തിക്കിട്ടല്ല നമുക്ക് കൊടുക്കും അപ്പൊ ഖുർആനോ താവധാനം മുതലിലാണെന്ത് പമീരത്ത് ഇടകടക്കുന്നത് പമീരത്ത് ആടെ വെച്ചു അപ്പൊ അനള്ളിത്തിലാക്കീരത്തീതാന്ന് പറയാൻ ഊർത്തിയില്ല കണ്ടാ വൻ ഇൽമു ഫമീരത്തും സീതാ തീവ് അനള്ളിത്തിനാക്കും എന്ന ഇൽമിനെന്തെന്ന് അറിഞ്ഞോ അതിന്റെ നാട്ടിലേക്ക് നോക്കിയിട്ടും പതിയിലത്തുണ്ട് അലൾ ലിസ്റ്റിലാക്കും മറ്റതിലേക്ക് ചേർത്ത് നോക്കിയിട്ട് പതിയിലത്ത് എന്ത് പറയാനില്ല അപ്പൊ എല്ലാ നിലക്കും പതിയിലായിരിക്കും തന്നെ എലിമിനെ തോന്നുന്നു എന്താ എന്തുകൊണ്ടാണെന്നറിഞ്ഞോ അള്ളാഹുസ് പഹാരം നോക്കാനായിട്ട് വസ്പ്പ് അറിയുന്ന ഒരു പസ്പാണല്ലോ എലിമു എന്നുള്ളത് അവിടെ തന്നെ ഞെട്ടാമതി മറ്റുള്ള ഔസാഫൊന്നും അല്ലാത്ത അറിയില്ല പടപ്പുലത്തവർ പറയതും പറയുന്നില്ല ിൽപ്പെട്ടതാണ് ഏത് ഇൽമ് മാത്രമല്ല അള്ളാന്റെ ബാക്കി സിഫാത്തിനേക്കാൾ എല്ലാത്തിനും അഹസ്സാ സിഫത്താണ് ഇൽമ് ഏറ്റവും അഹസ്താന്ന് ഒന്നും ഉറപ്പൂല ഇൽമുണ്ടായിച്ചു പോഴാൻ ബാക്കി കുതിരത്തിന്റെ താലൂക്ക് തീരുമാനിക്കാൻ ഈ റാദിന്റെ താലൂക്ക് തീരുമാനിക്കാനേ എല്ലാം എല്ലാം ഇരുമെ ആശ്രയിച്ചു കഴിഞ്ഞുകൊടുക്കുന്നു അതുകൊണ്ടാണ് ഇൽമ അടി വിശാലമാണ് എല്ലാ മേഖലയും കേറി ഉറപ്പെന്ന് പറഞ്ഞത് അതിന്റെ താലിലേക്ക് വളരെ ആന്മല്ലോ ഉദ്രത്തിന്റെ താലിലേക്ക് വംകിനാസിനേ ഉള്ളു ഇറാദത്തിന്റെ താലിലേക്ക് വംക്കിനാസിനേ ഉള്ളൂ ഒരിക്ക മാത്രമല്ല വബി ഷറഫിൽ മലായിക്കറ്റി വൽ ലംബിയാൽ മലായിക്കത്തിന്റെ വമ്പിയാക്കൾക്കും ഷറഫ് ഇൽമോ ഉണ്ടാകും ഇൽമില്ലാത്ത ഒരറ്റ മലക്കുണ്ടാവില്ല ഒരറ്റ നെബി ഉണ്ടാവില്ല അവർക്കാദ്യം ചിറപ്പ് കൊടുക്കുന്നതിന് ഇൻകോട്ടവിടെ നിന്നും എനി പറയാ ഒരു കുതിരക്കുറിച്ച് ഇന്നുകൂടെ കൊണ്ടു നോക്കാം എന്നാ പിന്നെ കുതിരന്റെ മലയിൽ പറയാനുണ്ടാവും മറ്റു മൃഗത്തിനെ അപേക്ഷിച്ച് കുതിര ഒരു പതിയൊക്കെ ഉള്ള സാധനാക്കി അതിന് ഒരു പഠിച്ച കുതിരി കൂടെ അതാണ് വരൽ കൈസിയൽ ഹൈലി കുതിരയിൽ നിന്നല്ല പഠിപ്പിച്ച കുതിര ഉണ്ടാവൂല്ലേ അതുപോലെ നായന്റെ കൂട്ടത്തിൽ ചില നായ നന്നാക്കി നല്ല ബേട്ടയാടാൻ പറ്റുന്ന പാർദ്ധവനായത്തിന്റെ ഊട്ടാബിപായ നായ കല്ലെടുത്ത് വന്ന് ചോദിക്കപ്പെടുന്ന നായ വേറിയുണ്ട് ഈ ബലപിടിച്ച നായനെ എറിഞ്ഞ കേസാണ് മറ്റേ അത് വരുന്നില്ല നായ ആരാധിക്കുന്ന കൂട്ടർ കിനാഹിനെ അറിഞ്ഞിട്ട് കേസാക്ക അത് വേറൊരു കാര്യം അത് മിനിസ് ബുദ്ധിയല്ലെന്ന് പറയാം നമ്മുടെ ദൈവത്തിനെ അറിഞ്ഞു വേറെ അവിടെ നായനെ അതേമാതിരി കുതിരന്റെ കൂട്ടത്തിൽ എന്താക്കി നല്ല പ്രാക്ടീസ് കൊടുത്തിട്ട് നല്ല ഇൽമിട്ട് ആരിമായ കുതിരയിൽ കേട്ട അത് ഹൈറമ്മ മറ്റേ മൂടനായ കുതിര ആ കുതിരനെ കണക്ക് അതുകൊണ്ട് ഇതിന് വരളിത്തിലാക്കിപ്പിക്കലുകൊണ്ട് കിട്ടിയിട്ടുണ്ട് വഴലം അന്നീച്ചൽ മധു ഇതെന്താ പറയാൻ പോകുന്നത് പുതിയൊരു വിഷയം നമുക്ക് വേണ്ട ഒരു സാധനം വേണ്ട ഒരു സാധനം നേർക്കു നേരം തന്നെ വേണ്ടതാകാം അല്ലെങ്കിൽ മറ്റൊരു സാധനം കിട്ടാൻ വേണ്ടി വേണ്ടതാകാം രണ്ട് വേണ്ടതുണ്ട് ചിലപ്പോ കിട്ടാൻ വേണ്ടതിന്റെ വേണ്ടതാകാം ഉദാഹരണത്തിന്റെ പറയാൻ നമുക്ക് ഇവിടെ ഒരു രോഗിനെ കാണാൻ പോണം അസല അല്ലെങ്കിൽ ഒരു ജനാധിപതിയിൽ പങ്കെടുക്കാൻ പോകണം നമ്മളെ അലലത്തിലാക്കും അതിനൊരു വണ്ടി വേണം അപ്പൊ വണ്ടി എന്തായി മസുരൂപായി എന്തിന് മസുരൂപ് വേണ്ടതിന് വേണ്ടത് ആവാ അപ്പക്ക് പറഞ്ഞാലും എണ്ണ കുറവാന്നുണ്ട പമ്പ് വേണോന്ന് അപ്പൊ വേണ്ടതിന്റെ വേണ്ടതിന്റെ വേണ്ടത് ഇതാണ് നമുക്ക് ആ രോഗിനെ കാണാൻ പോക്കാവുന്നേലോ ജനാഗ്രഹ സ്ഥലമാണ് മക്സൂദ് അതിന് വണ്ടി വേണം വണ്ടിക്ക് എണ്ണ വേണം എണ്ണക്ക് പമ്പ് വേണം അപ്പം ഇല്ലാത്ത മസൂദാർ പോലുണ്ടാകും അതേ അവസരം വേണ്ടതിന്റെ വേണ്ടത് അതിന് വേണ്ടത് അതിന്റെ വേണ്ടത് വേണ്ടി മകലൻ പമ്പ് കൊമ്പാ നമ്മക്കൊന്നും വായിച്ചില്ല എണ്ണ ഇല്ലെങ്കിൽ പമ്പ് വയങ്ങൂ അല്ലെങ്കിൽ നമ്മളെ മസൂദിനി വായിച്ചിട്ടില്ല അസിനിയായ ലക്ഷ്യത അങ്ങനെയും ഉണ്ടാവാം ിദാത്തിന്റെ കൈരിഹി ഇനിയോ വൈലാമൊരു രണ്ടും കൂടെ കൂടി ജാകലോ രണ്ടും മസുലോബന്യ രണ്ടുകൂടെ മസുലോഭൻ പറഞ്ഞാൽ എന്താന്ന് അതും പോകണിപ്പോൾ രണ്ടും ലക്ഷൻ തന്നെയാണ് പക്ഷെ ഒന്നും മസന്യ ഉപാധിയായിരിക്കുന്നത് ആ അങ്ങനെയാവ അപ്പൊ ആകെ മൂന്നേ നമ്മൾ പിന്നെയാണ് പറഞ്ഞു രണ്ടു ക്ലാസ്സിൽ ആകാത്ത മറ്റേ എത്തനാത്ത ഏതോ തൂക്കി ഏതൊക്കെ കണക്കാക്കി നമ്മൾ റേറ്റ് നമ്പറിലും വാങ്ങിയിട്ടുണ്ട് ഞാൻ ഏത് ക്ലാസ്സിലാണ് നാലിൽ മൂന്നും നമ്മൾ എനിക്ക് നാലിൽ ബി സി നാലിൽ സിക്ക് വേണ്ടി നാലേ കൊടുക്കാൻ കഴിയുള്ളു പിന്നെ എ ബോണോ നാലിൽ എ നാലിൽ ബി നാലിൽ സി നമ്മള് വിശ്രം പറഞ്ഞു അപ്പൊ ഇപ്പൊ കണ്ടാ നാട്ടിന്റെ വേണ്ട തടപ്പെടും മറ്റൊന്നോ മറ്റൊരു സാധനം കിട്ടാൻ വേണ്ടി ഇത് നമുക്ക് മാങ്ങ കിട്ടണം മാങ്ങ കിട്ടണമെങ്കിൽ കൊക്ക വേണം പതിക്കാൻ അപ്പൊ കൊക്ക മായ സുലഭിച്ച് കൈ മാങ്ങ മാ ചിലപ്പോൾ ഇതാത്തിഹിയായി ചിലപ്പോൾ ഇതാത്തിഹീ കൈരികിയുണ്ട് അങ്ങനെയാ മാങ്ങ തുന്നിയും വേണം വേണമെങ്കിൽ അച്ചാറിടുകയും ചെയ്യാം അപ്പൊ മാങ്ങ മാങ്ങയെ തുന്നലാവാ അച്ചാറുണ്ടാക്കാനുള്ള സ്ഥിതി അച്ചാദ അപ്പൊ അതാണ് രണ്ടും കൂടി അപ്പൊ പമാ അത് ഇതിൽ നിന്ന് ഏതിനാ ചെറുപ്പധികം രണ്ടും കൂടി അച്ചാക്കാൻ പറ്റുന്ന സാധനം ആണെങ്കിൽ അതായിരിക്കും മുന്തിയത് അത് വിട്ടാൽ ഇതാത്തിഹിയായിരിക്കും മുന്തിയത് അത് വിട്ടാൽ ഇതൈരികി ആയിരിക്കും മുന്തി മൂന്ന് ഗ്ലാസ് ആയിരിക്കും രണ്ട് ലക്ഷ്യം പൂർത്തിയാകുമ്പോൾ അത് ലക്ഷ്യം ഒക്കെ അത് വിട്ടാ പിന്നെ കണ്ടാൽ ഇതാത്തിഹി അത് വിട്ടാൽ ഈ റൈമി റൈരി മറ്റേത് ഇല്ല എങ്കിൽ പിന്നെ ആവശ്യമില്ല നിങ്ങൾ മക്കത്ത് പോകുന്നോണ്ടല്ലേ ധീണ്ടിക്ക് വരുന്നു അല്ലെങ്കിൽ പിന്നെ ധീവണ്ടിക്കുള്ളു അപ്പം സമാരിലപൊരി റൈരിഹി എന്താ റൈലിനു വേണ്ടി തേടപ്പെടുന്നതിനേക്കാൾ ഈ രാത്ഹിക്കാണ് ചെറുപ്പധികം വൻ മത്തനോപതി ഈ മത്തനോപതി ഹൈദിന് ഉദാഹരണം പറഞ്ഞ അ സ്വർണം പള്ളി സ്വർണം പള്ളി രാത്രിയിലേക്ക് നോക്കിയാൽ ഒന്നും ഒരു ഫൈനക്കൊണ്ടില്ല പക്ഷെ നമ്മുടെ വേറെ കാര്യങ്ങൾ റോളിയിൽ നടക്കണേ എങ്കിലും ഇത് കൂടാട്ടൊന്നും ഇല്ല റാലിലാ മമ്പ അത് രണ്ടും രണ്ടും കല്ലിന്റെ കൂട്ടത്തിൽ കൂട്ടിക്കോ ഒരു ഉപകാരമില്ല ം പള്ളി കൊണ്ട് നമ്മള് ഹാജാത്തല്ല നടക്കല്ല എന്നൊരു പരിപാടി ഇവിടെ അന്ന് വെച്ചില്ലായിരുന്നുവെങ്കിൽ ലഖാനാൽ വാഹിത കൊറേ ചലനും മണ്ണും ബാഹിയാലും കൊറേ ഈ സ്വർണം പള്ളിയും പൈസ രണ്ടും നടക്കാം നടക്കുന്നത് അതല്ല എന്താ പറയുന്നത് ഇത് റൈലിഹിക്ക് ഇതന്നെ ഉദാഹരണം പറയുന്നു ലിദാത്തി മൂന്നെണ്ണ ഉദാഹരണം നമുക്ക് പറയണം ഒന്ന് രണ്ടും കൂടെ കൂടിയത് ഒന്നും പറഞ്ഞേലിത്തി പരലോകത്ത് അള്ളാഹുവിന്റെ കാണലും അവന്റെ ഋതുവാനും ഇതൊക്കെ കിട്ടലാണ് ലിദാത്തിഹി എന്ന് പറഞ്ഞ അനല് മസലൂ ൈര്യത്തിനല്ലോ രണ്ടും കൂടെ കൂടിയതോ ആരോഗ്യം മുന്നോട്ടോ ആരോഗ്യം നമ്മക്കൊന്നും വേണ്ടെങ്കിലും ഒരു ആരോഗ്യ മുന്നോട്ട് നോക്കേണ്ട വായ്പ ലോകത്തിനെ കാണലല്ലേ അപ്പം സീതാ ടീം വക്സൂടം ഈ ആരോഗ്യം കൊണ്ട് ഞമ്മക്കെന്താക്കാൻ കഴിയും കരി മാറ്റാൻ കഴിയും അഞ്ചു പോവാൻ കഴിയും പിന്നെ സാധുക്കിടക്കണ്ടല്ലോ കൊടുക്കാൻ കഴിയും വിചരിക്കാൻ കഴിയും നോമ്പോക്കാൻ കഴിയും എന്നല്ലോ വെച്ച് നോക്കുമ്പോൾ എന്തുണ്ട് ഈ കൈ മധുരൂപണ്ട് അതാ പറയുന്നത് വല്ലതും ഇത്തരം പൊടി രാത്രി സലാമത്തിൽ ബതിന് ആരോഗ്യം പതി ആരോഗ്യം രണ്ടു വിലക്ക് മസൂതാക്കാം ഭിന്ന സലാമത്ത മസലൻ ഒരു മനുഷ്യന്റെ സലാമത്ത് ആരോഗ്യം എന്നുള്ളത് മസുലൂമൊത്തം സലാമത്തുള്ളിൽ ബദൽ ആരോഗ്യം ആരോഗ്യം എന്നുള്ള വിലക്ക് മസുലൂപാക്കും അതിനൊണ്ട് എന്താ ആരും ചോദിക്കണ്ടില്ല അതി ആരോഗ്യം തന്നെ അല്ലേ ിൽ മസിൽ മഹാദിമൽ ഹാജാദ് ഈ ആരോഗം ഉപയോഗിച്ചുകൊണ്ടിട്ട് ഹാജാസുകളിലേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്കെല്ലാം നടന്നു പോകാനും തടിച്ച താക്കത്തുണ്ടാവും എന്നുള്ള നിലക്ക് കൈ എന്തുണ്ട് ഈ എത്തിബാർ കൊണ്ട് നോക്കിയാൽ ഇന്ന് എതിലാണ് എടുക്കാന്ന് വയ്ക്കുന്നത് നമ്മളെ വിടാം രണ്ടിനും പറ്റുന്ന പഠിപ്പുണ്ടാകാര്യോ ജനാക്കാണോ നല്ലത് നിൽക്കുന്ന ആരോഗ്യം ഒരാളെ കടന്നോട്ടെ ജഹിൻ ഉണ്ടാക്കി കാര്യോ ആ പഠിപ്പടുന്നു ഈ പഠിപ്പൊണ്ട് നിൽക്കുന്ന കാര്യം കിട്ടി കൊടുത്ത് വേറെ കാര്യമാണെങ്കിലായിരിക്കും ഈ ചിന്തയിൽ ഇതാണ് വെറുത്തീലേക്ക് തീരത്തി അത് തീരത്തി തന്നെ ഒരു നല്ല രുചികരമായ കാര്യ പ്രാന്തകരമായ കാര്യമാണ് മത്തൂർ ഹുമല്ലി ദാത്തിഹ ഉണ്ട് മത്തൂർമ്മി അറ്റപ്പോ കുറെ ഡിഗ്രിയും കരസ്ഥമാക്കിയിട്ട് അവിടെ ബെച്ച എങ്ങനെയായാലും വേറൊരു കുഴക്കോട്ടിട്ടില്ലെങ്കിലും നീ ഒരു ഡിഗ്രിക്കാരനാണെന്നും ഇനി അതിനെ കൊണ്ട് ഉപകാരം കിട്ടുന്നു നമുക്കെന്താ ആന്റെ കാര്യം നോക്കിയും ചെയ്യാം അതാ പിന്നെ ഭരലോകത്തിലേക്കുള്ള ഒരു വസീലിയാ എത്തിച്ച് അല്ലെങ്കിൽ കുഞ്ഞാകത്ത് തന്നെന്തെങ്കിലും നല്ല പണി കിട്ടും അല്ല അങ്ങനെ എന്താകും വസീലിന്റെ വസീലിയാകും പണി കെട്ടിയാൽ കുറച്ച് പൈസ കിട്ടും പൈസ കിട്ടും നമുക്ക് ധർമ്മം ചെയ്യാൻ കഴിയും ഭരലോകത്തിനെത്തില്ലേ അപ്പം വേണ്ടതിന്റെ വേണ്ടതിന്റെ വേണ്ടതായാലും നിങ്ങൾക്ക് സാധിക്കും അതൊക്കെ വേണ്ടതല്ലാന്ന് നമുക്ക് അമ്പാടൊക്കെ ഒന്ന് ധർമ്മം ചെയ്യണം ധർമ്മം ചെയ്യാൻ പൈസ വേണം പൈസ വേണമെങ്കിൽ പണി വേണം പണി വേണം കിട്ടി വേണം അപ്പം എന്തായി വേണ്ടതിന്റെ വേണ്ടതിന്റെ വേണ്ടതിൻറെ വേണ്ടത് വലയ ആ വലയത്ത വസ്തുയില്ലാതെ ആ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഇതുകൊണ്ടെല്ലാം എത്തൂല അപ്പൊ അങ്ങനെ എനിക്ക് നോക്കാം ആദ്യത്തെ മക്ത നോക്കാം അതടിയായ മക്സൂത് പരലോകത്ത് വിജയം കിട്ടരുത് നൽകാം രണ്ടാമത്തത് പരലോകത്തിലേക്ക് വിജയം കിട്ടാൻ ആവശ്യമായ പല ഉപാധികൾ എന്തൊക്കെ വേണമോ അതെല്ലാം അതിന്റെ ഇതിന് വേണ്ടിയുള്ള വേണ്ടതിന്റെ വേണ്ടത് െ ഇൽമ് ഈ രണ്ടെണ്ണത്തിനും വേണ്ടത് കൊണ്ട് വേണ്ടതിന്റെ വേണ്ടതിന്റെ വേണ്ടത് അപ്പൊ ഈ മൂന്ന് കാര്യം ഒത്തുകൂടിയാൽ ഇവന്റെ എല്ലാ കാര്യം ചെയ്യുന്നതാണ് ഋതുബത്തൻ രുത്തുബത്തൻ എന്നല്ലോ സമീത്തല്ലാത മിങ്ങി ഏറ്റവും ആദമായ കാര്യതായിട്ട് വെക്കുക പർലോക വിജയിച്ചു വെക്കുക വാസ്തുതലിയായി അതുകൊണ്ട് അശിയാക്കള കൂട്ടത്തിൽ ഏറ്റവും മുന്തിയതായി മാഹവസിൽ എത്തുന്നില്ല ഞാൻ ഈ വിജയത്തിലേക്ക് എത്തിക്കുന്ന വസീലായിരിക്കും പിന്നെ അതിൻ്റെ അടുത്ത താങ്ങൾ അല്ലേ അമൽ അതിലേക്ക് എത്തണമെങ്കിൽ ഇൽമും അമലും കൂടാണ്ട് കഴിയൂല അപ്പൊ അമൽ അടുത്ത വസ്തുല്ലേ അമൽ ചെയ്യണമെങ്കിൽ ഇനിമില്ലാണ്ടാവൂല അവർ എടുത്ത വസ്തു ചെയ്യൽ മനി ഇല്ലാവിൽ ചെയ്യത്തില്ല അമൽ ആ അമൽ എപ്രകാരം ചെയ്യണമെന്ന് ഇനിമില്ലാതെ കണ്ടതാവൂല അമൽ ചെയ്യാൻ ചെയ്യൂല അതുകൊണ്ട് ചിന്തിന്യമല്ലാത്തു എന്താണ് സാധിക്കലേറല്ലവരെ പടങ്ങി പ്രസന്മോയിൽ ഏറ്റവും വലിയ സ്വത്തലിച്ച് പ്രിയാപ്പുള്ള ഗ്രാമത്തിലാണ് പ്രിയാപ്പള്ള ഗ്രാമത്തിനും അസുഖം മഹലിനെറ്റും പ്രസ്വലീകരിക്കുമ്പോഴാണ് ഗണികാരോപത്തിനെ സ്വത്തലിച്ചാൽ അതിൽ പ്രാണ് കേന്ദ്രത്തിന്റെ ഓരോ അല്ലെങ്കിൽ ഓരോ സാധ്യത ഹരിതനെ ഏറ്റവും സ്വശരിച്ചാണ് ഗ്രേഹത്തിനകം ഓരോ വിഷയമുണ്ടല്ലോ അങ്ങനെ ഒസൂന്നാണ് നെഹവൽ ഇന്നാണ് എന്നൊക്കെ ഓരോരുവരും പൊതുവെ ജനമുഖ്യത്തിരിഞ്ഞാവല്ലാഹ സുഹൽ നിൽമതുകൊണ്ട് പഹുവാക്കി താൻ അ പുനരുള്ളായ്മ നത്തീജിലേക്ക് എത്തിക്കഴിഞ്ഞു നിൽമ എന്നുള്ളത് അപ്പുനരുള്ളമാൻ എല്ലാമാലും ഏറ്റവും അപ്പുതൽ ഇനി ഊപ്പുറവക്ക ഈപ്പല എങ്ങനെയാവാക്കുക നിങ്ങൾ അത്ഭുതപ്പെടേണ്ട വക്കത്തുറപ്പ് പതിയിലു ചൈന ബി ചെറുപ്പി സമർപ്പി ഒരു സാധനത്തിന്റെ പതിയിലത്ത് തിരി എങ്ങനെയെന്ന് അറിയോ ആ സാധനം കൊണ്ട് എന്താണ് കാര്യം കിട്ടരുത് എന്ന് അറിഞ്ഞാതിരിക്കും ഇങ്ങനെ പതിയില തിരിണ്ടെങ്കിൽ ചക്ക തിന്നാൽ ചക്ക തിന്നാൽ എന്താണ് കാര്യം കിട്ടുക എന്നുള്ളത് എന്തായാലും ചക്കത്ത് പ്രതിയത്തുണ്ടോ നമുക്ക് പറയാം അല്ലേ അതാ പറയൂ വസദാറത്ത് അന്ന സമത്തൽ അൽ കുറബും ഇർറബുൽമീൻ റബ്ബുൽ ആലമീനുമായി തമ്മിലുള്ള കുറുമ്പാണ് ഇൽമിന്റെ സമരത്ത് എന്തുകൊണ്ട് അവസ്ഥയായ കുറുമുണ്ടല്ലോ അതാ അന്നാല വസ്തുപ്പാണ് ഇൽമ് അബലിന്റെ വസ്തുപ്പമാണ് ഇൽമി അപ്പൊ ഇൽമും ഇൽമും തമ്മിൽ കൂട്ടിച്ചേർത്ത പക്ഷേ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വ്യത്യാസമുണ്ട് അതായത് കമ്മിലും കൈഫിലും വ്യത്യാസമുണ്ട് എന്നതൊഴിച്ചാൽ ിൽമെന്നല്ല അച്ഛന് നാമകരണത്തിൽ അന്നാവിന് ഇൽമുണ്ട് പടത്തിനും ഇൽമുണ്ട് അപ്പൊ ഇൽമെന്നുള്ള വേദിയിൽ രണ്ടാളത്തിനും കുർമ്മുണ്ടല്ലോ അന്നേരം കുർമ്മുണ്ടല്ലേ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി അന്നാവ് താരാക്ക് ഇൽമിന്റെ ക്വാളിറ്റി അല്ല അബദിനുള്ള ഇൽമിന്റെ ക്വാളിറ്റി അത്ര ക്വാണ്ടിറ്റി അല്ല ആയിരിക്കുള്ളത് ഈ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വ്യത്യാസപ്പെടുന്ന കാരണം താരെന്തില്ല അച്ഛന് മനസ്സിലാക്കി വരൂല്ല തീർക്കായി പോയി എന്ന് പറയാൻ അതെന്താ ഉത്സാഹപ്പെടുത്താനും ഗുരുതരം മുതൽ പഠിച്ചാലെല്ലാം ഉത്സാഹപ്പെടുത്താലും നോക്ക് അള്ള മോജൂദാണ് അവിടും മോജൂദാണ് പക്ഷേ കോളേജിലും കോളേജിലും വ്യത്യാസമുണ്ട് അള്ളാർക്കും മുദ്രത്തുണ്ട് എന്തൊക്കെ മുദ്രത്തുണ്ട് വ്യത്യാസമുണ്ട് അപ്പം അമ്മ കതിരാണ് ഞാനും കതിരാണ് ഞാനും അമ്മയും ഒന്നെന്ന് പറയുമ്പോ ചൂലി ആ തത്വസ്ഥാന കണകൾ ചിരിക്കു പഠിച്ചാൽ എവിടെ ഇവർ ചെറുക്കിപ്പോഴും മറ്റായി പോയി മച്ചയിൽ പോയി എല്ലാം പമ്പ കടന്നു ഇന്ന റബ്ബുൽ ആലമീന മൻദ ഖുർബാന മത്രന്ന വൽ ഇന്തിഹാഖു ബിയുഖ്ത്തിൽ മലായികത്തുൻ മുഖാരനത്തിൽ മന ഇന്നാ അലാ മുഖാരനത്തുൽ മന ഇന്നാ അൽ ഖുർബദ വഖീല മലായികത്തുമായി ചേരലും അദവല മരഉല്ലാന നമ്മവർക്കൽ ഇൽമിൻ ഹദിവരം യഅത കഅല്ലല്ലാഹി സാക്ഷിയണ്ടോക്കേ എല്ലാം ഒരു യൂണിറ്റില് പോകും ഇതാണ് സമർത്ഥ് ഇത് പരണോമത്തിനെ സംബന്ധിച്ചുള്ള പവിതത്തിൽ പറഞ്ഞു നമുക്ക് ദുന്യാവിന്റെ അർത്ഥം രണ്ടും പറയണ്ടേ പിന്നെ ദുന്യാവിനോ നോക്കാം ദുന്യാൽ അലൽ ഗുരു ദുന്യാവിൽ കിട്ടുന്ന കുറെ ഭാവിതകളുണ്ട് ഒന്ന് ഇത് അയാൾ ഒരു ജാനും അയാൾ അറിവുണ്ടാളാം വക്കാർന്നു വന്ന അയാൾക്ക് ഒരു ആദരവ് രാജാക്കന്മാരെ മേലും കൂടി അയാൾക്ക് അധികാരം കിട്ടരുത് രാജാവിന് ഭരണം പഠിപ്പിക്കണ്ടാരാന്ന് പറ അതുപോലെ അവൻ അവന്റെ പ്രകൃതിയിൽ തന്നൊരു ഹത്തറാം അവൻ അവൻ തന്നെ വടക്കാതെ നോക്കൂലൂ ആ ഒരു മാനിനും ഹെത്താൻ അറബിയ അതുർക്കി വാദനാഫൻ അറബി യുസാദിഫൂല സിബാഹം മജുപോലെ തന്നെ അല തെളിക്ക് എത്ര വരെ തുർക്കികള് അറബികളിലുള്ള ഈ നാഗരീകതയില്ലാത്ത കുട്ടറുണ്ടല്ലോ അവർക്ക് പോലും വിവരത്തന്മാരെ കാണും അവർക്കൊരു ബഹുമാനം എന്നാണ് പറയുന്നത് അവർ അസലിയായ പ്രകൃതിയാണ് അത് യുസാദിഫൂല തിബാഹും മജുപൂലത്തൻ അര സൗകര്യം ഓര ജേഷന്മാർ ആദരിക്കുന്ന ആ നേതൃത്വത്തിനെ ബഹുമാനിക്കുന്ന ഒരു പ്രകൃതിയിലേക്ക് ഉണ്ടാകുന്ന അവർ കാണുന്നു എന്തുകൊണ്ടാണെന്നറിയോ എന്താ എന്താ ബഹുമാനിക്കുന്നത് നമ്മളേക്കാള ഭാഷ പരിജ്ഞാനം അവർക്കുണ്ട് നമ്മളെ കാരണം കൊറേ കൊണ്ട് മുമ്പ് ജീവിച്ചുകൊണ്ട് അനുഭവജ്ഞാനങ്ങൾ കുറെ ഉണ്ട് എന്നാണ് അവർ കാരണം പറയുന്നത് അപ്പൊ ഇൽമാരെ പ്രേരിപ്പിക്കും ഉമ്മനിക്കും ഇക്കാലത്തേക്ക് നോക്കണ്ടറിയുന്നിട്ട് ഇതിനകത്ത് തികമ്പോറും തീറ്റ് കൊടുക്കുന്നില്ല അപ്പൊ ഒരാൾ ഉമ്മർ പോയ ആരാളുള്ള വീട്ടുണ്ട് ഞാൻ പറഞ്ഞിവിടെ അന്യന്യാണ് പഠിപ്പിച്ചത് സീറ്റിനെ ആഗ്രഹിക്കുന്ന ആളാകണ്ട െ പി ഉമ്മർ ഗോയല്ലേ കൂടെ കയറി വരുന്നുണ്ട് വള്ളത്തും അതെന്താറും ഈ ശേഷം മാർ മുത്തായ കാരണ സാധ്യം അനുപമജ്ഞാനുണ്ടാവുമല്ലോ കുറെ കാലം ജീവിച്ചിട്ട് കുറെമാർ ഇടപെടയിട്ടും ആ തജീവത്തിന്റെ കൊണ്ട് കരുത്തമാക്കവരെ ഇത് മാറിക്കേണ്ടത് മറ്റുള്ള നൂറ് കോട്ടം സർട്ടിഫിക്കറ്റ് വാങ്ങാനും പോയിട്ടുണ്ടല്ല അതാണ് തീക്കന്മാർക്കുള്ളത് ഇനി മാത്രമോ ബാലൽ ബഹീമത്തുള്ള ഈ തബേഹാത്ത ഭക്തി ഒരു ബഹീമത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നാൽ ഉണ്ടാക്കി ബഹീമത്ത് മനുഷ്യനെ അപമാനിക്കുന്നവരെയും അതിനൊരു ഒരാദരവുണ്ട് എന്താണെന്നറിയാമോ ഇവ ഇന്മ പഠിക്കാൻ പറ്റുന്ന ആളാണ് ആരിക്കു തിട്ടുണ്ട് ബഹിമത്തിന് തെരഞ്ഞിട്ടുണ്ട് പഠിച്ചുള്ള ഒന്നുമില്ല എന്നാ കണ് ഇ കരസ്ഥമാക്കാൻ കഴിയുന്ന എന്ന് ആരെ പെച്ച് മനുഷ്യന് വെച്ച് വില എത്തിയിട്ടുണ്ട് ആ ബഹിമത്തിന് ഒരറിവുണ്ട് നേരെ ഒരു അറിവ് ഈ സമ്യൻസാൻ ഇൻസാൻ ഞാനുമായിട്ട് വേറുപെട്ടിട്ടുണ്ട് ഈ കമാലും ബഹീമത്തിന്റെ ധരജീം കൂടി മറികടക്കുന്ന ഒരു കമാൽ എന്നുള്ളത് ആര് കണ്ട് ഈ ഇൻസാൻ ഉണ്ട് ആര് വേറുതിച്ചറിഞ്ഞു ബഹീമത്ത് അറിഞ്ഞിട്ടുണ്ട് അട്ടാ ബഹീമം ഭയപ്പെടുന്നു അതേതാ ദർജ ഹാൻ ആ മൂത്തലാക്കാൻ അപ്പൊ ഇന്ന് മൂത്തലക്കാട്ട് പവീരത് മനസ്സിലായി ഏ പറയാൻ പോകുന്നത് ഇന്ന് പലതരത്തിലുണ്ട് എല്ലാ ഇത് മൊത്തത്തിൽ ഇരുമിനെ പറ്റി ജഹ്നെ അപേക്ഷിച്ച് മൊത്തത്തിൽ ഇരുമിനുള്ള മാറ്റം പറഞ്ഞത് ചില ഇരുമിന് ചില ഇരുമിനെക്കാണ് മാറ്റങ്ങൾ ഉദാഹരണത്തിന് അള്ളഹാനെ പറ്റി കേൾക്കുന്ന ലോൺ അറിയാം ഒരാൾക്ക് കമ്പ്യൂട്ടർ അബ്ബിന്റെ ലോൺ അറിയാം അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഒരാൾ അള്ളാഹാന്റെ ആര്യമാണ് മറ്റുള്ളത് ആരികോ അള്ളഹാനെ പറ്റി അറിയുന്ന ഒരാൾക്ക് സിഖിനെ പറ്റി അറിയാം ബാധാക്ക് ചരിത്രവും ല്ലേ അതീ മതത്തരിപ്പൊ ഇവിടെ മതിര വർസാലിമാർബിസാണ് മതിരിച്ചാണ് എന്താ തിരിഞ്ഞാലും ഇല്ലെങ്കിൽ ആ വരുമ്പത്തോട് കാര്യം ഒരു ദിവസത്തിൽ രണ്ടാം ദിവസത്തിന് നൂപ്പർ വന്നിട്ട് എവിടെയോ ഞാന് എന്റെ കിതാബ് നീ എന്തെങ്കിലും ആവശ്യത്തിന് നീ മുസാലുപയോഗിക്കോ ഒരു കാലത്ത് നിന്നൊരു ബോധവാനാക്കും തീർച്ച ആ രീതിയിലാണ് എന്റെ കിതാബ് ഞാൻ തയ്യാറാക്കുന്നത് വെറുതെന്തോ ഓർമ്മിച്ചു നോക്കും എന്നാൽ നിന്നെ നല്ല രീതിയിൽ ചിന്തിപ്പിക്കും ഇമാം നഹബീർ എന്താ പറഞ്ഞോയിൻ കിതാബ് അന്തായു ഈ കിതാബ് കാര്യമായ ഒന്നായി തണക്കെടുക്കുന്ന ആരായ നിരക്കെ കഴിഞ്ഞിരിക്കുന്നവരിക്ക ഹിതായത്തിന്റെ മാറുന്നപ്പോൾ കാരണം ഈ കിതാബ് കണ കഴിച്ചിരിക്കുന്നത് പഠിക്കൊന്നും പണ്ടല്ലാതിരുണ്ട് കൂടുതൽ പഠിക്കൊന്നും പണ്ട അയമൊക്കെ അനുഭവമുണ്ട് ബാധ പറയാനൊന്നും കഴിയാത്ത ഒന്നും കഴിയൂല എന്താ വിശം കിട്ടാണ്ടെടുക്കുമ്പോ ഇമാനന്മാരുടെ കിട്ടാബടുത്ത് മുത്തുമൊക്കെ ചോറ് പാർട്ടി അടവ് ബാഗം അങ്ങനെ പറയുന്നത് കിട്ടാൻ നോക്കിയിട്ടില്ല ആവർഗത്തിന്റെ കുഴപ്പമൊന്നും അതെന്തേ കൊണ്ടേട്ട് തിരിച്ചാഗ്രഹിക്കില്ല ഇപ്പൊ തപാത്ത ഇനി ഇൽമിന്റെ ധർദിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് എന്റെ പലായനം മാറിക്കൊണ്ടിരിക്കും മിനിമം പലായന എല്ലാം ഉണ്ട് അതൊക്കെ പറഞ്ഞോട്ടോ എന്തിലും മനിക്കോട്ടെ നോക്കാം ഇപ്പൊ ഇത്ര നേരെ ഇൽമിന്റെ മൊത്തം അല്ലെ പറഞ്ഞ സമാശയത്യഭയാനുമാനങ്ങളിൽ ആ വ്യത്യാസപ്പെടൽ എങ്ങനെ എത്ര ക്ലാസ് ആക്കാം എന്നെല്ലാം ഊപ്രതീക്ഷിക്കുന്നുണ്ട് അത് സാധ്യം പറയും ഉദാഹരണത്തിന് ഒരാൾക്ക് കൃഷിപ്പണി ഉണ്ട് അതിരിൽമാണ് വേറൊരാൾക്ക് തുന്നപ്പണി അറിയാതെ മറ്റൊരു ഇമ്മാണ്ടിലെത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഭാഗികാരെ നടക്കുള്ളൂ തുണി വെഞ്ഞു കുർക്കാം ഇനി തുന്നപ്പണി എടുത്തിട്ടില്ലെങ്കിൽ തുണി അത് വെച്ചുവിട്ടിട്ട് അങ്ങ് കെട്ടിയാലും മതിയല്ലേ അപ്പൊ തയ്യൽ കടക്കാരനേക്കാൾ സാധനിച്ചിട്ടുണ്ട് കൃഷിപ്പണിക്കാനുണ്ട് പതുവിനൊക്കെ ദേശം അങ്ങനത്തെ പോയി പോയി നമ്മൾ ഞാൻ അവസാനപ്പെട്ടില്ല മതയിൽ ഇല്ല നിങ്ങളെ പതുവിലൊക്കെ കണക്കെ ലാസ്റ്റ് കുടിച്ചാൽ കണ്ടവർ അടിപ്പരിപ്പും പതുവല്ല അടിയും കിടക്കുന്നു മോൾ കറിയാൻ പിടിച്ചത് ി ഇതെന്താ പറയുന്നത് താലും താലീമും രണ്ട് പ്രവീരത്ത് വരേണ്ടേ അത് ഇൽമിന്റെ പ്രവീരത്ത് പറഞ്ഞത് ഇനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞോടും പറഞ്ഞു അത് കൂടുതൽ ഇനി പറയത്തില്ല കാരണം ആ ഇരുമിനെ ഉണ്ടാക്കി കൊടുക്കലുവാണല്ലോ താലിലുമിയും ഒന്ന് ഉണ്ട് ഉണ്ടാക്കല് ഉള്ളത് അത് കൊടുക്കലും فان العلم اذا كان افضل النمور علم ان لل எல்லா காரியத்தினേ കാണ افضل ആയപ്പോൾ كان تعلمو طلب للافضل அப்ப تعلمundai આય افضلને टेढ़ी-પડിച്ചાઈ ફકા તાલીમો ઇફાદતલ નિફલન படிติકનો ઈ افضلને બરાક કોડતલુય અબ افضلને ഞാൻ മാંગી افضلિયે തന്നൂ ઓ ബയാનુ হুവ അന്ന മഖാദിൽ ഖൽഖി മദിമുഅത്തം ഫിദ്ദീദി വ દુનિયા ഇന്ദ പറയാൻ പോന്നു പടപ്പുകളെ മക്ക്സൂട് ഉണ്ടല്ലോ ആ ജീവിതത്തിന്റെ മക്കസൂദ് ദീനെ ദുഞ്ഞ ഈ രണ്ടെണ്ണത്തിൽ പിട ദീന വലാനില്ലാവി ദുഞ്ഞ ദീന് ശരിയായി വേണമെങ്കിൽ ദുഞ്ഞാവ് ശരിയായി വേണം ദുഞ്ഞാവിന് എപ്പോഴെന്തല്ലോ അലവലയാദിയെങ്കിലും ദീനിനെ കോട്ടം പറഞ്ഞു ഒന്നു നേരം നമുക്ക് എന്തെങ്കിലും മസുറാട്ടുല്ലാഹ്ന ദുഞ്ഞാവെന്നുള്ള പരണോകത്തിലേക്കുള്ള കൃഷിയിടമാണ് കൃഷി ഇടം തിരിയറ്റില്ലെങ്കിൽ കൃഷി നോക്കൂലല്ലാത്തൻ അങ്ങനെ വെക്കുമ്പോൾ ഈ ദുഞ്ഞാവ് എന്താ അറിയോ അള്ളാഹുവിയിലേക്ക് എത്തിക്കുന്ന ഒരു വസീതിയായി ഒരു ആലത്തായി മാറി ആഴ്ച ഇതിന് ആലത്തായി തരുന്നാൽ ഈ ദുഞ്ഞാവന്യാ മക്സൂഡിൽ നിന്ന് വെക്കുന്നാക്ക് അങ്ങനെ വമാൻ സിനിമ ഞത്തശിഗുഹ മുത്ത മൊത്തന ഇത് സ്ഥിരമായ താമസമാണ് അതുപോലെ തന്നെ കാലകാലം താമസിക്കുണ്ടാക്കുക അത് സംബന്ധിച്ച് അതൊരു അരിയാ നമ്മളെ സംബന്ധിച്ചുള്ള ആലസ് മാത്രമാണ് വലയിസയം തതിമ അമൃത് ദുന്യ ദുന്യാവിന്റെ കാര്യങ്ങൾ നേരിയാണില്ല വ്യായ്മ അതിൽ ആകുമെങ്കിൽ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ നേരിയായിട്ട് വരണം എന്നാലെ ദുന്യാവ് ശരി മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ ശരിയാണെന്നെങ്കിൽ വരണ് ശരിയായി വരണം ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ശരിയാകാലുണ്ട് എല്ലോ ബാറലും പിടിച്ചോറിയലുണ്ടാവില്ലേ വാഴമാലഹുമ്മ ഹെറപ്പ് സനാസും അതുകൊണ്ട് മനുഷ്യന്മാർ ആഴ്മാരുണ്ടല്ലോ അത് താഴെ പറയുന്ന മൂന്നെണ്ണത്തിൽ ഒരു മൂന്നാമായി ഒന്നും ഒന്ന് അടിസ്ഥാനപരമായ കാര്യം അതില്ലെങ്കിൽ ലോകത്തന്നെ രക്ഷിക്കാൻ കാരണം പോകും അടിസ്ഥാനം അത് നാല് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ ഇനത്തിൽ നാല് കാര്യം ഒന്ന് അത്തറാത്ത് കൃഷി ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്നെല്ലാം ഒക്കണ്ടേ കൃഷി അതെന്തിനാ മിൽ മസാമി തിന്നണ്ടേ വൻ ഹയാക്കത്തുന്നാല് രണ്ടാമത്തേത് ഈ വസ്ത്രം വേണം അതെന്തിനാ വഹിലിൽ മൽബത്തി അത് ധരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഭക്ഷണ വസ്ത്രം വൻ ദിനാവും വേണം വഹിയിലിൽ മസ്തൽ അല്ലെ അപ്പം ഭക്ഷണമായി വസ്ത്രമായി പാറപ്പിടായി ഇനി സിയാസത്ത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒരു നിയമാവലിയിൽ ഒരുക്കണം എല്ലാം കണ്ടോന്ന് കണ്ടത് കൃത്യപരമാരല്ലാവൂല ഇവർ നിയമത്തിന്റെ വിധേയമല്ലാതെ കണ്ട് ഒരു വണ്ടി പുറത്തിറക്കട്ടെ ആർക്കാ വണ്ടി എടുത്തുകൊണ്ട് പോകിയെന്ന് പറഞ്ഞ ട്രാഫിക് റൂൾ എന്ന് പറയുന്ന ഒരു നിയമാവലി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു വണ്ടി പരക്കം കിട്ടാറുക്കും ഓരോ സിസ്റ്റം പോലെ ഇങ്ങോട്ട് കൊടുക്കട്ടെ ഒരു മിനിട്ടോടൽ ഉണ്ടാവൂല ഒരാളും ബാക്കി ഇതാ തിഹാസത്തിൽ അത് നിയവാഹിയിൽ സ്ഥിരീതി വലിയ ജീവിതത്തിന്റെ കാരണങ്ങളൊക്കെ നല്ല ഒത്തൊരുമയോടാക്കാനും അതിനൊരു ലഭ്യത്തും ഒരു കൺട്രോളും ഉണ്ടായിത്തീരാനും പരസ്പരം അണക്കത്തോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിഹാസത്ത് കൂടാണ്ട് കഴിയില്ല ഒരു നിയമനിർമ്മാണം ഒരു കൺട്രോളിംഗ് വേണമല്ലോ ആ അല്ലെങ്കിൽ ഓരോരുത്തരും മുടിവലിയാക്കി തീ കൊണ്ടപ്പോലേ ഇതാണ് നാലെണ്ണം ഏതിന്റെ ഒന്നിൽ നാല് അത്താനി രണ്ടാമത്തേത് ഏത് അസുൽപരമായ മൂന്ന് കാര്യത്തിൽ രണ്ടാമത്തേത് മാഹിയുവാഹി ആ പറയപ്പെട്ട നാലു പേർക്കില്ലേ ഏത് സിറാക്ക് അതായത് ഭക്ഷണം ഭക്ഷണം പാറപ്പടം ഭരണം മുതലായവ അതിലേക്ക് ആവശ്യമാകുന്ന കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാര്യം ഉദാഹരണത്തിന് കൊല്ലപ്പണി കൊല്ലപ്പണി എന്താണെന്ന് വെച്ചാലോ ഇവിടെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ കലപ്പമുണ്ടാക്കണം കത്തിയാൽ ഉണ്ടാക്കണം കോടാളി ഉണ്ടാക്കണം പിക്കാസ് ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ കൊല്ലപ്പണി കൂടാണ്ട് വരിക കൊല്ലപ്പണി കൊണ്ടുള്ള കാര്യമായിരിക്കാന്ന് പോകുന്നത് ഗ്രഹത്തിലേക്കാ പോകും സൂചി ഉണ്ടാക്കണം നൂലുണ്ടാക്കണം മുതലായവത്തേക്കാ പോകുന്നത് അയക്കത്തിലേക്കാ പോകുന്നു കേട്ടാ ഓരോ കാര്യങ്ങളാ ജലിന് എപ്പോ ചിന്തിച്ചാൽ കൽ ഹദ് കൊല്ലപ്പണി പോലെ അത് കൃഷിപ്പണിക്ക് സാധ്യമാണ് അതുപോലെ ജുഡത്തിനാഹാത്തി മറ്റുള്ള പല തൊഴിലിനും അത് സഹകരമാണ് അങ്ങനെ ആലാത്തി അതിന്റെ ആലാത്തുകളുണ്ടല്ലോ അതിന്റെ പണിതാമാനംസ് അത് തയ്യാറാക്കാൻ നൂറ് നോക്കാൻ അതുപോലെ മുതലായ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി വരുമല്ലോ അത് ഈ വസ്ത്രത്തിൽ രണ്ടിനുണ്ട് ഒന്ന് നെയ്ത്തുന്ന ഒരു തുന്നപ്പണിയുണ്ട് ആദ്യം കറാത്ത് വേണം അതിന്റെ വസ്തുവിനെ നഷ്ടമാക്കണ്ടേ നൂലുണ്ടാക്കാൻ മറ്റൊന്ന് നെയ്തിട്ട് അത്ര തുണി ഉണ്ടാക്കണം അതാണ് തയ്യൽ മുളക്കിട്ടിട സ്റ്റോർസിൽ പോയാലി അതുമായിക്കൊണ്ടാണ് ടയ്യർ കൊടുക്കണം തെയ്യണം അന്നേലേ കുപ്പായ കിട്ടൂ അല്ലെ പിന്നെ ഉടുക്കാനുള്ള ഒരു തുണിയല്ല ഒന്നു ഇതിനെല്ലാം അതാ അതിന്റെ ആനാത്തുകൾ തൂതിയും നൂലും മുതലായും എല്ലാം വേണ്ടിവരും അതാണ് മറ്റൊരിനം ഇനി അസ്ഥിഥികളുടെ മൂന്നാമത്തേത് മാഹിയ മുസമ്മിമത്തു സൂൽ മേൽ പറയപ്പെട്ട രണ്ടു സൂല അതിനാ പൂർത്തിയാക്കി തരുന്നത് ഓ മുസംഗത്തും ഭംഗി പിടിപ്പിക്കൊടിച്ചിരി അപ്പൊ കൃഷിപ്പണിയിൽ എന്തുണ്ടാക്കി നട്ടുമുളപ്പിച്ച് അതൊക്കെ രണ്ടാമത്തെ അതിനെ സഹായിക്കുന്ന ആലാത്തിണ്ട് അപ്പം സാധനം കൊയ്ത് കൊണ്ട് വന്നിട്ട് നെല്ലാഴ്ചയുടെ കൊണ്ടുവന്നു അല്ലെങ്കിൽ അരിയാച്ചി കൊണ്ടി പുട്ടാക്കണമെങ്കിൽ എന്തോ പുടിക്കണം പത്തലാക്കണമെങ്കിൽ പൊടിക്കണം എല്ലാം ചോറാക്കണമെങ്കിലും വേവിക്കണം അരി വേറെ പണിയോണം പാചകം വേണം കത്തഹനി പൊടിച്ചലി വൽ കൊബുതി അതുപോലെ പാചകം പാകം ചെയ്യലും ഒപ്പി ഉണ്ടാക്കരുത് അതിലേക്ക് റാക്കി കൃഷി ചെയ്ത സാധനത്തിലേക്ക് നോക്കി ാത്തതിലെ ഹാങ് ആക്കത്തി തുണിയും എത്തുന്നുണ്ടല്ലോ അതിലേക്ക് നോക്കിയാൽ എന്തോണം നെയ്സിലേക്ക് ചേർത്തിട്ട് തുന്നപ്പണിയും പിന്നെ അതിനെ പൊഴുങ്ങിട്ട് തേച്ചിട്ട് വൃത്തിയാൽ കടല കൊടുത്തിട്ടുണ്ടല്ലോ കസാറത്ത് തീമ്പി കുളിച്ചത് അല്ലെങ്കിൽ ആയാ ആ ധ്രൂഡ്മല്ലേ കിട്ടുക ആ ബ്ലീച്ചു അല്ലെങ്കിൽ ഭക്ഷണം വരുമ്പിപ്പോവും അല്ലെങ്കിൽ സൈലുണ്ടാവൂല അപ്പൊ ഇത്തിരിടേലും വദാനിക്കൽക്ക് ചേർത്ത് വദാലിക്കാഫിലാമി അബിൽ ആലമിൽ അറബിയും അതിഥായ ശക്തി ബിൽ നിദാഫത്തിലും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ആരമാകുന്ന വലിയ ലോകത്തിലേക്ക് ചേർത്താൽ ഏതുവരെ കരുതോ ശരീരത്തിലേക്ക് ചേർത്താൽ ഓരോ അംഗങ്ങളെ സ്ഥലത്താണ് അച്ഛരി അംഗങ്ങൾ ഈ അച്ഛരി സഹായിക്കാൻ ചില അംഗങ്ങളുണ്ട് കുറച്ച് മുത്തമ്മിമാസുണ്ട് നഖം ഈ മുടി മുടിയുടെ സ്റ്റൈലാക്കി ഇതിനുള്ള മുത്തമ്മി മാസം അതുപോലെ തന്നെ അനുദാഹരണം പറയാൻ അതുണ്ട് മൂന്നിനും ഒന്ന് ഇമ്മി വൽക്കബദി വദ്ദിമാകി തലച്ചോറ് കരള് പിന്നെ ഹാർട്ട് മുതലായവ അസലിയായ സാധനം ഇല്ല അതില്ലെങ്കിൽ ജീവിതയില്ലല്ലാദിമത്തുല്ലഹ ഇനി അസലിയായ സാധനത്തിൽ ഹാദിമരടുക്കാൽ മരത്തി ആ മാശയം ഓരോക്കെ ഈ ഞാടി ഞരമ്പുകൾ ചെറായിട്ട് അവരികത്തെ ഓരോ ഞരമ്പിന്റെ കൾ വരാം ചെറുതും വലുതുമായ ഓരോ ആ ഞരമ്പുകൾ വൈമ മുക്കം വരുത്തുള്ള മൂന്നാമത്തത് അതിനെ പൂർത്തിയാക്കുന്ന സാധനങ്ങളെക്കാളും അത് പാടി വല്ലാ വല്ലാദി പേര് നെറ്റിന്റെ അവിടുത്തെ രോമോ കണ്ണിന്റെ മണ്ണുള്ള പിന്നെ താടി പിന്നെ കൈകാലിന്റെ വിരല് ഇതെല്ലത്തിൽപ്പെട്ട മുത്തമ്മിമൊക്കെ അവനില്ലെങ്കിൽ ജീവിതങ്ങൾ നടന്നോളൂ വാസ്തു സുഹാദിത്തിന് തനിപ്പറയാ ഈ പറയപ്പെട്ട കുറേ തോൽവി പറഞ്ഞില്ലേ ഇതിൽ നിന്ന് ഏറ്റവും അക്ഷരഭേദ ഉസൂലുവസൂലായിരിക്കും അസ്വലി ഏതല്ലോ ഒന്ന് ലോകം നിലനിൽക്കാനാവശ്യമായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതിനെ നേരെ കൊണ്ടുവരാനുള്ള ഒരു ഭരണ സംവിധാനം ഇതാണ് ഉസൂരി ഉസൂലിയ എന്ന ഉസൂലിന്റെ കൂട്ടത്തിന് ഏറ്റവും അക്ഷരഭേദ അസ്ലിയാസപ്പിയും ഭരണം എന്നാവും കാരണം ബാക്കിയെല്ലാം ചെടി ഭരണശെരിയില്ലാത്ത വർഷമാണെങ്കിൽ ഇതെല്ലാം കുറലും പലി അരം പോലെ പോട്ടിട്ട് പിന്നെ കണ്ണന്മാർ വധിക്കാം കുടിച്ചൊരിക്കാറ് കൂടൊന്നുമല്ലാണ്ട് നിർത്തുക ഈ കാരണത്തമാൻ ഇനി എന്ത് വേണം ഈ കമാലത്ത് കൂടിച്ചെടുക്കണ്ടേ മിനൽക്കമാൻ ഭീമ യഥക്കപ്പലിഹ ഇത് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് പ്രധാനത്തിന്റെ ഭരണ നിർമ്മാണം ആരണം ഉണ്ടാക്കുന്ന അയാൾക്ക് കൊറേ കമാല തൊത്തു കൂടാനുണ്ട് അയാൾക്ക് നല്ല ബുദ്ധിശക്തി വേണം നിയമനിർമ്മാണത്തിന് അങ്ങനെ ഇങ്ങനെ ഉണ്ടായ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും എന്ന് കണ്ടിട്ട് അതിന്റെ അനന്തര ഫലം കൂടി വിലയിരുത്തിയിട്ട് വേണ്ട ഇതുണ്ടാക്കാനും അതേപോലെ പരസ്പര വൈരുദ്ധ്യം വരുമ്പോൾ നോക്കണോ അത് നിയമനിർമ്മാണം ഉണ്ടാക്കിയിട്ട് അമേരിക്കക്കാരന്റെ തപാഹത്ത് വേണം ഇക്കാ അബുദാബിയുടെ ഓഫീസ് ഈ ഓഫീസിന്റെ ഗേറ്റ് ആ ഗേറ്റിന്റെ പാസ്പോർട്ട് സമർപ്പിക്കണം പാസ്പോർട്ട് സമർപ്പിച്ചാലും ബത്താക്ക് തരും ഈ ബത്താക്കോണ്ട് ഓഫീസിൽ ഉള്ളില് ആടെന്ന പറയും പാസ്പോർട്ട് ഉണ്ടാവും പാസ്പോർട്ട് ആടെ കൊടുത്തിട്ടില്ല ആടെ പോയി വൈക്കുമെന്ന് വാങ്ങാൻ പറയും ഈ ഒരു ഭർത്താക്ക ഉണ്ടാക്കണം ഇവിടെ തിരിച്ചേൽപ്പിച്ചാൽ പാസ്പോർട്ട് തിരിച്ചു തരും തിരിച്ചെന്തവാടെ പുറത്തുപോയിക്കോളൂ ചെയ്യൂല കാണിക്കാൻ വേണ്ടി പണയും ആ പാസ്പോർട്ട് ഇടപെച്ചിൽ ബത്താക്ക് വരും അങ്ങനത്തെ നേരം എന്താണ് ഈ പണ്ട് നിങ്ങള് എത്തിസാനൊരു സംവിധാനം ഉണ്ടാക്കി കോമ്പൗണ്ടിൽ ആള് കാരണ സൂപ്രന്റൻഡന്റിൻ്റെ ചോദിക്കണോ സൂപ്രന്റന്റന്റ് ഞാനോ ഏ അപ്പൊ നമ്മള് ഉള്ളിന്റെ ഉള്ളിൽ അപ്പോൾ കോമ്പൌണ്ടിൽ കയറണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ കയറി അറിയിക്കയറി ആരോട് സംബന്ധം ചോദിക്കണോ സൂപ്പർ ചോദിക്കണോ നമ്മൾ ഞാൻ പറഞ്ഞ ആടെ ആ കണ്ടി തുറക്കുന്ന നമുക്ക് ഒരു കത്തല വെച്ചിരിക്കും ആടിരിക്കട്ടെ ഞാൻ ഇത് രണ്ടു നിയമം കൊടുക്കണമെങ്കിൽ സാറിനോട് പത്താൻ താമസിക്കുന്നു പറഞ്ഞത് നിങ്ങൾ അവിടെയല്ല റൂമുണ്ടാക്കിന്റെ അവർക്ക് ആ മുളപ്പുട്ടിക്ക് വയ്ക്കില്ലേ ആടെ റൂമ് അത് സൂപ്പർ ഇന്റൻഡന്റിന്റന്റിൻ്റെ അല്ലേ ലണ്ടൻ ടെണ്ടന്റ് ആ സപ്പോ ഉസൂദിനെ സഹായിക്കുന്ന കൂട്ടത്തിന് ഏറ്റവും വലുതേതാന്ന് ഭരണം അല്ലെ അല്ലേ അല്ല ഉസൂലിന് ഏറ്റവും പുന്തിയത് വരണം ആ ഭരണത്തിനെ സഹായിക്കുന്ന കാര്യമായിരിക്കും പിന്നെ ഏറ്റവും പുന്തിയത് അയാൾക്ക് കപാലാത്തുണ്ടായിക്കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും ഏറ്റവും വലുത് അപ്പൊ ഇവിടെ ജഡ്ജി അതുപോലെ തന്നെ അഡ്വക്കറ്റ് നിയമനിർമ്മാണ സഭ മറ്റേതെല്ലാം പറയുന്നില്ല എച്ച് ഡി സി ആ എന്താ നിയമനിർമ്മാണ സമേതാന്ന് മറ്റൊന്ന് ജുഡീഷ്യറി മറ്റെന്തോന്ന് അതെപ്പോ ഒന്ന് നിയമനിർമ്മാണം മറ്റൊന്ന് നിയമം നടപ്പിലാക്കുന്നതാണ് പിന്നെ പ്രവർത്തിക എക്സിക്യൂട്ടീവാണ് എക്സിക്യൂട്ടീവിന വിളിച്ചില്ല ഈ അവസാനത്തെ സിനിഹത്തിണ്ടല്ലോ ഇത് ഭരണത്തിന്റെ ആ സനാഹത്തിന്റെ സാഹിബ് സാധ്യമാക്കി തീർക്കുമെ സായുറസന്നായി മറ്റുള്ള എല്ലാ തീവ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും ഞാൻ സഹകരമായി തോന്നിട്ടുണ്ട് പരലോകത്ത് രക്ഷ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പാതയിലേക്ക് ജനങ്ങളെത്തിക്കുന്ന ഒരു നിയമാവലി ഉണ്ടാവുമല്ലോ ആ നിയമാവലി ചെയ്യ അതിലേക്ക് ചേർത്തൊരു നാല് മർത്തബിയാണ് തിയാസത്ത് ഒന്നണ്ട് മനുഷ്യന്റെ കൽപനെയും ഭരിക്കും അവന്റെ മറ്റംഗങ്ങളെയും ചിന്തകളെപ്പോലും ഭരിച്ചിട്ടുണ്ടാക്കി ലെവലിക്കൊണ്ടിരുന്നു അതായിട്ട് അഭ്യാമർശനികൾക്ക് നിയമാവലിക്കാൻ സാധിക്കും മറ്റേ തമ്മിൽ ചില മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ കൺട്രോളാക്കാൻ സാധിക്കും തന്നെയാണ്ട് അവന്റെ വിചാര വികാരങ്ങളെ കൺട്രോളാക്കുകയും ഒരു വണ്ടി പോകുമ്പോൾ ഓവർ സ്പീഡ് ആക്കുന്നതിന് കൺട്രോളാക്കാൻ കഴിയുമോ എനിക്ക് പോലീസിന് പക്ഷെ ഓവർ സ്പീഡ് ആക്കണമെന്ന് പൂജ്യം അവസാനിപ്പിക്കാൻ കഴിയുമോ ചോദിച്ചോറാം നിങ്ങൾ സ്പീഡ് കൺട്രോളാക്കാൻ ചങ്ങ പോലീസിന് സാധിച്ചാലും സ്പീഡാക്കാനുള്ള താല്പര്യത്തിന് കൺട്രോളാക്കാൻ ചോദിക്കഴിയോ ഇല്ല അത് കൺട്രോളാക്കുന്നതിന് ഭരണം വേറെ അന്ത്യാവൃത്തിൽ ഓടിപ്പിച്ച ഭരണത്തിന് നിങ്ങൾ എല്ലാവർക്കും കൺട്രോൾ കൊടുക്കും അപ്പൊ വേറൊരു കൺട്രോളർ ആവശ്യമേ ഇല്ലാത്ത രീതിയിൽ അവനെ ും ഹാസാരോടും ബന്ധപ്പെട്ടിട്ടുണ്ട് ലാഹനിലുണ്ട് ബാസിലുണ്ട് സകല അങ്ങ് കളിയ ഓറ് വെച്ചോളി ആ നിയമത്തിൽ എന്താണ് ടീച്ചറിനെ അപ്പൊ അമ്പ കഴിഞ്ഞാ പിന്നെ കബിയത്തിന്റെ ചേർന്ന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഓരോരുടെ അസ്തത്തിലും പലക്കത്തിലും ഒരു നിയമവിധേയമായി ജീവിക്കാനുള്ള പദ്ധതിയിൽ എത്തിക്കലാണല്ലോ ഇവന്റെ പകപ്പെടുത്തിയിരിക്കുന്നു ഇവരെ നിയമത്തിന് നോക്കി നിൽക്കുന്നില്ലെങ്കിലും ഇവർ മായ ചെറുക്കാൻ നിൽക്കില്ലല്ല മനം ഭരിച്ചല്ല വട്ടാനിങ്ങത്തു രണ്ടാമത്തെ മാർ ഇവർ ആറോ ഹുക്കുമ്പോൾ ഹാസ്യത്തിനും ആൻമത്തിനും ബാധിക്കുമെങ്കിലും ബാത്തിന് ബാധിക്കൂല ഓറെ ബാത്തിന് കണ്ടറാക്കാനും ഒക്കെയേ ജീവിക്കാം പുറമെ എല്ലാം നിയന്ത്രിക്കാം പക്ഷെ ബാത്തിനിട നമുക്ക് കഴിക്കില്ലത് മൂന്നാമത്തെ ഉണ്ട് പബുദേഹി അല്ലാണ്ട് ദീനുകൊണ്ടും അറിഞ്ഞത് അവർ ഹും വർഗത്തു ലമ്പിയ വെക്കുമ്പം ബാത്തിനിൽ ഹാസത്തിൽ വെക്കട്ടെ അവർക്കെന്തണ്ട് ബാത്തിന്റെ മോള് ഹെക്കുമ്പുണ്ട് പക്ഷെ ഹാസത്തിനോടെയുള്ള ആറ്റി കല്ലൂല അമ്പ്യാകട റിസൂല ചിലപ്പോൾ നാഹിനും മണ്ഡലോടക്കം കഴിഞ്ഞുള്ള വല എഫിയുംഹുമുല്ലഅമ്മുംഅ ആയ ജനങ്ങളുണ്ടല്ലോ ഇവിടെ ബാത്തിൻ്റെ പറഞ്ഞ ആമ് ആയ ആളുകൾക്ക് അവരുടെ വക്കലിൽ നിന്ന് ചെയ്യാൻ മാത്രം ഓണപ്പഹുമോയി ഒരു പറയും വല തടത്തേക്ക് നോക്കിട്ട് ബാത്തി ഹാട്ടത്ത് എന്ന് പറഞ്ഞ ആ ഫുഹ്മു ഇനി ബാത്തിന്റെ മുഹുമ്പോ പറയണം വല തന്ത് മനുഷ്യർ ഇന്നത് ചെയ്തേ പറ്റൂ ഇന്നത് ചെയ്തുകൂടാ എന്ന് പറഞ്ഞിട്ട് ഓറെ കൺട്രോളാക്കുന്നു ഓരോ ലാഹറായ പ്രവർത്തനം കൺട്രോളാക്കലുണ്ടല്ലോ അതാലും ഒക്കെ ഒന്നും നടക്കൂല പുറത്ത് പോലീസും നോക്കും പടിയും ഇട്ടിട്ടൊന്നൊന്നും ഇല്ലാതില്ല കാര്യം പറഞ്ഞുകൊടുക്കാം എന്നത് വന്നാലും ബാത്റൂമിലൊക്കെ കൊത്തണം എന്നല്ലാതെ ആ ബാത്റൂം ഉപയോഗിച്ച് പൊരന്നാകുന്നോ ആക്കാം അതെ ആ ബോളത്തിൽ നിന്നും ഇപ്പൊ മിസ്റ്റായിട്ട് തുമ്മൂർ ജില്ലാ തെരച്ചിനെ പിടിച്ചിട്ട് അവന്റെ പുറത്തുനിന്നിരിക്കാൻ വേണ്ടി അരിമോയ്ക്ക് ഇവിടെ അവരടിച്ചേൽപ്പിച്ചുകൊണ്ടിട്ട് ഒരു കൺട്രോൾ ചെയ്യാൻ വാഹനം കൺട്രോൾ ചെയ്യാൻ ആരും ഇനി സാധ്യമല്ല ആ ബാസിന് വാഹനം പഠിക്കത്തക്ക രീതിയിൽ അവർക്ക് താലീം കൊടുത്തിട്ടായെങ്കിൽ ചിലപ്പോ എന്താകും അതിൽ കൂടെ നടന്നേ അപ്പൊ ഇന്നത്തെ താരീമാ എന്തില്ല ഓറെ മനസ്സിൽ കടന്നതിന് ശേഷം ആ മനസ്സിൽ കടന്ന് അവരെ വാഹനം കൺട്രോളാക്കാൻ മാത്രമുള്ള പവറിലേക്ക് ഒഴുകാത്തത് കൊണ്ടുണ്ടായി ബാസിന് പഠിച്ചവരുണ്ടാകും പക്ഷേ വാഹനില് നിന്ദിക്കപ്പെടുന്നവരില്ലാതുമില്ല ും താലീമും നടക്കുന്നുണ്ട് ആ പഠിച്ച് എന്റെ മനസ്സിൽ കടന്ന ഈ മനസ്സിൽ കടന്ന ഒന്നുണ്ടാക്കണം എന്റെ വാഹനം നിയന്ത്രിക്കാനെത്തണം അതെത്തുന്ന രീതിയിലാവുന്നില്ല ഇനി നാലാമത്തെ കൂട്ടുകാരെന്തോ അൽ ആദു ബാലം ഉപദേശം ചെയ്യാം ഇപ്പൊ ഹുക്കമാല ഭിന്റെസത്തല്ല ഇവിടെ കൊറേ ആളെ വിളിച്ചിട്ട് ക്യാമ്പല്ലേ പറയുന്നത് പ്രത്യേക ശിഷ്യന്മാരെ കൊണ്ട് കിടപ്പില്ല അതാണ് അപ്പുറം അവര് അവർ പാലല്ലാം പറ കുറെ ആളെന്തൊക്കെയോ ഇങ്ങനെ ആകുന്നതിനെ കാണും ഈ പറയപ്പെട്ട നാടിനെ തർത്തിമാക്കിയ ഏതാ അസറഫ് ലാഹിലും ബാസിനും ആമിനും ഹാസിന്നും ബാധിക്കുന്ന ആണ് ഏറ്റവും മേലെ അപ്പൊ അമ്പിനാസരുടെ പദവിയാണ് മേലെ രാജക്കമർന്നോ ധർത്തി വാക്കിപ്പാൻമോ ഹാസത്തിനോണ്ട് ലാഹിലിനോണ്ട് പറഞ്ഞു ആ നാല് വധിയിൽ കൂടി ഉണ്ടല്ലോ അത് അസറപ്പ് ഒന്നാം നമ്പർ എനിക്ക് കണക്കൂട്ട ലാഹിരും ബാത്തിന് നോക്കിയാ ബാസിന് അസുറുപ്പാക്കലും ലാഹിൻ്റെ അസറുപ്പാക്കലും നോക്കിയാൽ ഏതാണ് അസറഫ് ബാത്തിൽ ബാത്തിന് ശരിയായി വന്ന ചിലപ്പോ നാഗിലേക്ക് ഇടക്കല്ലോ നാവിൽ കിടന്നോണ്ട് ബാത്തിൽ കിടന്നോണ്ടെന്നില്ല ബഡി പോടിച്ചിട്ട് നല്ല കുത്തിയാകല അപ്പുറം തെറ്റുമോ കൂട്ടറന്ന് പറയുന്നത് അത് ആമോ കാ നോക്കിയതാണല്ലത് ആമുണ്ട് നല്ല കാസാല്ലേ ടുക്കെട്ടെത്തിന് ശേഷമുള്ള സിനാത്തെടുക്കാൻ നമുക്ക് അത് ഇഫാദത്തുല്ലിലും ഇഫാദത്തുല്ലിലുമാണ് അപ്പൊ അതിൽ ഏതെല്ലാം പെട്ട് ഉരമാന്റെ പണിയും പെട്ട് പണിയും പെട്ടിന്റെയും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കൽ ബാലാക്ക് പകർന്നു കൊടുക്കല്ലേ വതഹീബു നുഹുസ് ഇന്ന അഖ്ലാത്തിൽ മഹ്മൂമത്തിൽ മുഹദികാ മുഹദികായാ ഹലാകാത്തികളിന സീതനായ അഹ്ലാക്കിനെ പെർതു നഫ്സുകളെ ക്ലിയറാക്കൽ അദിനു ഉദൽ വയസ്ബിന ലഖനാക്കൽ മഹ്മൂദത്തിൽ മഹ്ഹിദാ വിജയരമായ സ്വതിർഹമായ അഹ്ലാക്കിലേക്ക് അവര വലിയ നടതൽ ഇന ആവശ്യമായി ഫാലത്തുൽ ഇൽമു മഹവൽ മുറാബി തഅലീം അലാന നമ്മളുടെ തഅലീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഇന്നമ കൊല്ല ഇന്നഹ അപ്പതലു ഇതാണ് ഏറ്റവും അപ്പതലു എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് തെളിപ്പ് വരണം മീൻസ് ആൽ ഹെറഫീവസ്ഥനാത്തി മറ്റേത് കൃഷിപ്പണിനേക്കാളും ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആളെക്കാളും തുന്നപ്പണിക്കാരനേക്കാളും ഏറ്റവും താലീമാണ് ഏറ്റവും നല്ലത് പറയാൻ കാരണം എന്ന ചെറുപ്പസ്ഥന ആറ്റി ഇവരോടൊപ്പം ഈ തന്നെ ടൊിൽ ഓരോ തൊഴിലുകളുടെയും ചെറുപ്പമുണ്ടല്ലോ മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാകില് അതിന്റെ പകരം തീയണമെങ്കിൽ ഇമ്മ ബിൽ ശരീരത്തിൽ എത്തമത്തല്ല മാരിഫിഹ അതറിയാൻ വേണ്ടിയിട്ട് ഇവന്റെ എന്ത് കുവത്താണ് ഉപയോഗിക്കപ്പെടേണ്ടത് എന്നാ നോക്കുക ഉദാഹരണത്തിന് കാലുകൊണ്ടടത്താവുന്നൊരു കാര്യമല്ല നാവ് കൊണ്ടെത്തേണ്ട കാര്യം ചെയ് കൊണ്ടെത്തേണ്ട കാര്യമല്ല ബെർണുണ്ടത്തേണ്ടത് അപ്പൊ ശരീരത്തിലെ ഏറ്റവും അച്ചടപ്പായ അംഗം ഏതാണ് കൽപം ടെ കയ്യും കാലൊന്നും വലിയ വർക്കില്ല അപ്പൊ കയ്യും കാലം അടയ്ക്ക് അവിടെ വെച്ചിട്ട് ബുദ്ധി ഉപയോഗിക്കുന്ന പണിക്കായിരിക്കും കഴിഞ്ഞാൽ ആലത്തുനിന്ന് നിലക്ക് കിടപ്പ് കൂടിയു അപ്പൊ ഇന്ന് പഠിക്കാനും പഠിപ്പിക്കാനും ബുദ്ധി വർക്ക് എന്നുള്ള നിലക്ക് അതിന് ഉപയോഗപ്പെടുത്തുന്ന അംഗം ബുദ്ധിതായ കാരണത്താൽ അതിൽ കടപ്പ് കൂടും അതായത് കാല കൊണ്ട് കളിക്കുന്ന ഒരു അടിച്ചുമാറൽ തന്നെ പണിയെടുത്ത കയ്യുപയോഗത്തിൽ ഇങ്ങനെ ആക്കിയുണ്ടോ അതിന് വലിയ ബുദ്ധിമൊന്നും വേണ്ടി ആ ബുദ്ധിമുട്ടാം അപ്പൊ പണിക്കാനായ മേസ്റ്റരിയും പിന്നെ ജില്ലി പോരുന്ന പണിക്കാനും കൂടെ നോക്കിയായിരിക്കും ചിലപ്പോ അധികം മേശരി ഒരിക്കലും ബുദ്ധി ചിലവാക്കിയിട്ട് ഉണ്ടെങ്കിൽ അടവെല്ലാം ഈ വാക്കിയില്ല മൊട്ടം പോലെയാക്കാനും മാറ്റോണ്ടെങ്കിൽ ചെലക്കൊണ്ടോണ്ട് പോയിട്ട് ഇങ്ങനോട്ട് കച്ചയുണ്ട് അവിടെ പിന്നെ പ്രവർത്തിക്കുന്നുണ്ട് ബുദ്ധിയോ ഹോലാനാണ് ഉറങ്ങിക്കൊണ്ട് പഴയെടുക്കുക അടുത്തും ഉറങ്ങുന്ന ആളില്ലെങ്കിലും ഇല്ലാഗോടും മറങ്ങുന്നാളില്ലെങ്കിലും പണിയെടുത്തും ഉറങ്ങിക്കൂടാ അങ്ങോട്ടൊക്കെ പറഞ്ഞല്ലോ ഉറങ്ങിക്കൊണ്ട് പെണ്ണിന് ബുദ്ധിയെ ഒന്നും പണിയെടുക്കണ്ട അപ്പം ഏറ്റവും അശ്വരഫായ അംഗം എവിടെയാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്നതിന് കഴിഞ്ഞിട്ട് പണിക്ക് ചിലപ്പോ കൂടിയത് നമുക്ക് അതാണ് നൊക്കൂലെത്തി അര ലോകവീയത്തി ലോകവീയായ പണിയെക്കാളും അക്കലീയ പണി കേൾക്കുന്നുണ്ട് അതിലെ തതി ഉണ്ടല്ല ലോകത്ത് നിറഞ്ഞ ഭാഷാപരമായ കാര്യങ്ങൾ പറയുന്നു മറ്റൊന്നോ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അവിടെ സാമാന്യമായ ബുദ്ധി കൺട്രോൾ ചെയ്തിട്ട് കൃത്യമായി കൊണ്ടുവന്ന് അതിന് പണി കൂടി ഈ സുഖം ഹിക്കിമത്തും ആക്കൽ ആക്കലുകൊണ്ടാണ് ഹിക്കിമത്ത് കിട്ടണീ ലോകത്തോ തന്ത്ര കൊണ്ട് കിട്ടും അതിന് കാത് അപ്പൊ ആക്കലും കാതുകൊണ്ട് നോക്കിയതിനെ ചെറുപ്പ് അക്കലെന്നി വല്ല അത് എത്ര മതി പറഞ്ഞു ഇനി രണ്ടാമത്തെ ഫൈവ് എന്താണെന്നല്ലോ ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗം ഉണ്ടല്ലേ ഇതിനുള്ള അനന്തരഫലം അത് ഏതാനും പേർക്കാണോ അല്ല വിശാലമായി കുറെ ആൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ നോക്കാം ഒന്ന് ഒരാവരണം ഉണ്ടാക്കുന്ന പണിക്ക് എന്നാൽ ഈ ആവരണം ആരാളുണ്ടാക്കില്ല പെണ്ണുങ്ങളെ കത്തിക്കെട്ടാന്നല്ലാണ്ട് ഒരു ഉപകാരം മാറ്റാൻ പൊതുജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കി കുറേ ആൾക്കാർക്ക് ഒറ്റ ഫലം തിരിക്കാൻ ആ മറ്റേത് വ്യക്തിയിൽ പരിമിതമായി മറ്റേത് പൊതുവെ അന്ന ലക്കും തൊഴിൽ ി ആ പവര് അലത്തിയാകത്തി താപ്പണിയും കൃഷിപ്പണിയും എടുത്തു നോക്ക് തട്ടാപ്പണിക്ക് ആവരണം ഉണ്ടാക്കിയാൽ ഈ പെണ്ണുങ്ങളെ കത്തിക്കെട്ടാന്നല്ലാണ്ട് ഒരു ഫലമില്ലല്ലോ ആർക്കും ഒരു ഉപകാരമില്ലല്ല മറ്റേതാകുമ്പോ കുറെ ആൾ വിഷ്മാണ് മറ്റൊന്ന് മുഹിമായ കാര്യം എന്താ നോക്കുക മുഹിമായ കാര്യം കൃഷിപ്പണിക്കും തട്ടാപ്പണി നോക്കിയാൽ ഒരു പൊന്നിനെടുത്തിട്ട് ആവരണം ഉണ്ടാക്കി കുറെ പെയ്തിന്റെ ഇടകളുടെ നേരെ മനസ്സിൽ ഇതിലുള്ള വിഷ്മറ്റ അപ്പൊ തുന്നപ്പണിയും ചികിത്സയും കൂടെ നോക്കി കഴിഞ്ഞാൽ ചേർത്ത് ചികിത്സക്കാം കുടി കൊടുത്തിട്ടില്ലെങ്കിലും രോഗം മാറി കിട്ടില്ലേ വൈമാതി മുലാഹലത്തിൻ മഹല്ലത്സവു ഇതുപോലെ തന്നെ തസർവ് നടത്തുന്ന മഹല്ലത നോക്കുക നമുക്ക് അലബ്ദാകത്തി ഒരാൾക്ക് തോലു ഊറക്കിടലാ പണി വേറൊരാൾക്ക് പൊന്നോണ്ട് ആവരണം ഉണ്ടാക്കലാ അതിൽ രണ്ടുപയോഗപ്പെടുന്ന സാധനങ്ങൾ നടത്തി ഒന്ന് നജാസത്തായ തോലാണ് മറ്റേത് മൂല്യമുള്ള പൊന്നാണ് വ്യത്യാസം കണ്ട ആ വ്യത്യാസം ഇത് ഒന്നിന്റെ പണിയടേത് പൊന്നാണെങ്കിൽ മറ്റേത് തോലിൻ്റെ തോലാണ് ഇനി ഈ എല്ലാ കാര്യം വെച്ചുകൊണ്ട താലീമാണ് മേത്രം ഒന്ന് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും അല്ലെ താൽക്കാലിക വരത്തിലേക്കല്ല എത്തിക്കുന്നത് അടിസ്ഥാനപരമായ ഫലത്തിലേക്ക് എത്തിക്കുന്നത് ജസ്മിന് കയറ്റാണ്ടല്ലേ മറ്റൊന്നോ വേറൊരാളുടെ കൽപ്പിനെക്കാളിൽ ചരിച്ചു കൊടുക്കുന്നു വലതുകൊണ്ട് എല്ലാ നിരക്കും ശൈലിയും ഒന്നല്ല മാത്രമുള്ള കൈമാറും അതാ ഒന്ന് ഒന്നാമതാവണം ഒരു മനുഷ്യനിക്ക് പല സിഫാത്തുണ്ടെങ്കിലും ഏറ്റവും അഷ്റഫ് ആ സിഫാ തേട അക്കൽ എന്നുള്ളതാണ് അടുത്ത് നമുക്ക് സ്ഥാപിക്കാൻ പോകുന്നുണ്ട് ഇത് അമാനത്താലൽ ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ അമാനത്തിൽ ഇവൻ ഏറ്റെടുത്തത് അഭി തീ ജാനി ലാബാന അള്ളാഹുവിന്റെ ഹഗ്രത്തിലേക്ക് എത്തിച്ചേരലും അതുകൊണ്ടാണ് അപ്പൊ ഒന്നാമത്തെ ഫായുത കൊണ്ടന്നെ എന്തായി മഹത്വമുള്ളതായി ും ഫലം കിട്ടുന്നില്ല ഫലലോകത്തിനാദ്യം സമത്ത് കിട്ടുന്നു പലർക്കും കിട്ടും മഹല് വരുപ്പത്തിയും ഈ പഠിപ്പിക്കുന്ന ആള് ഇവിടെ കേന്ദ്രം മറ്റോന്റെ കൽപിനെ കണ്ടു മറ്റവന്റെ കൽപിനെ സ്വാധീനിച്ചുകൊണ്ടാണ് അവൾ പഠിപ്പിക്കുന്നത് വേറെ വാഷ്റപ്പ് മോജൂദ് ഇന്നലെ നടന്നി ഭൂമിയിൽ മോജൂദ് ഏറ്റവും ചെറുപ്പുള്ള സാധനം ജിൻസുൽ ഇൻസി ഇൻസിന്റെ ജിൻസാണെന്നാർന്നു ഇൻസിന്റെ ജിൻസിൽ ഏറ്റവും ചെറുപ്പുള്ള നേതാവന്റെ കൽബം അപ്പോൾ ഏറ്റവും ചെറുപ്പാക്കപ്പെട്ട മനുഷ്യന്റെ ഏറ്റവും ചെറുപ്പാക്കപ്പെട്ട അംഗമാകുന്ന കൽബിലേക്കാണ് ഇൽമിനെ ചൊരിഞ്ഞുകൊടുക്കുന്നത് അന്നലക്ക് നോക്കിയിട്ടും ഇൽ താരീവിനോ മത്വം കൂടി ഈ മഹല്ല്മായ ആള് ചോദാതെന്തുകൊണ്ടാണ് മനുഷ്യന്റെ അംഗങ്ങളിൽ നിന്ന് ഏറ്റവും സർപ്പാക്കപ്പെട്ട കൽബിനെ തക്കുമീരാക്കുക അതിന്റെ കഥകളെ ദൂരീകരിക്കുക അതിനാവശ്യമായ എല്ലാ പോഷണ കാര്യങ്ങളും നൽകുക അതിനെ കൊണ്ടുപോയിട്ട് എവിടത്തേക്കാൾ സബിന്റെ إِلَى الْقُولَ مِنَ اللَّهِ ذَوِي لَكَ تِكِرَاً أَدَوَنْدَ فَتَعَلِيهُمٌ لِلْمِنِ هِمْ وَدِهِمْ إِبَادَةٌ لِلَّهِ تَعَالَ إِلْمِنَ فَدِفِكِ الْيَمْنِ الَّذِي أُرِوَدِهِ الْكُولِيَ عَنَّهِ إِبَادَةً وَمِنْ وَدِهِمْ أَتَلُوكَ خِلَافَةٌ لِلَّهِ تَعَالَ اللَّهُ تَعَلَى م നേരത്തെ ഭരണം എന്ന് പറഞ്ഞേ ആദ്യം നാല് ഉസൂലാക്കി നാല് ഭരണ ഏറ്റവും മുന്തി എന്ന് പറഞ്ഞ് ഭരണത്തിന്റെ കൂട്ടത്തിൽ നാല് കിരീടാക്കിയിട്ട് ഏറ്റവും മേലെ കൽബിനെ കീഴടക്കുന്ന ബാഹിനും ബാസിനും പ്രസർ പുുന്ന ഭരണമെന്ന് പറഞ്ഞു എന്നെ കൊണ്ടുവന്നത് അജന്റെ സിനാഫത്തിന്റെ അല്ലാന്റെ സിനാഫത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മുന്തി അതാണ് عالمين دا قلب ليسا الله تعالى طرنه ولتا دا العلم الذي هم أخص صفاته الله تعالى صفاتنده ولتا دا أخصان علم يما يتورده هذا عمي وليل يتورده أدو وندفه هو كالخازن لأمس خزائنه الله تعالى إي بومي لك <تضحك> طرنه ولتا يتش ومندية عمول لما يصمبطن لله آه صمبطن دا ولي خازن അതിന് തന്നെ സൂക്ഷിപ്പ് സ്വത്ത് വാതിയാണ് ആരെ കയ്യിലുള്ളത് ആടിമിൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ളത് എന്നിട്ട് അവരോട് പറയുന്നത് അരേക്ക് മരുന്നാക്കി അത് മേന്നാക്കി വർഷം ബാക്ക് കൊടുക്കണേ നാടെ വെച്ച് പൂട്ടാൻ വേണ്ട ആവശ്യക്കാർക്ക് അതിലെന്താക്കണം വിതരണം ചെയ്യണം അലാ കൊല്ലി മൃതാജി നിലയിൽ ആവശ്യമായി മരുന്നാക്കി അതിന് നുള്ളിനുള്ളിങ്ങനെ കൊടുക്കുകയും ചെലവാക്കും ഒരിക്കൽ നീ സകാലക്കാരൻ മറ്റൊരു മങ്ങ മരുന്നാക്കണം ഇത് ചോദിക്കട്ടെ ഭാഗ്യ റുത്തുമ്പത്തിനജിലിങ് കൗരീത്തം അപ്പൊ ഈ ആലിമ ആരായിറിയോ റബ്ബിന്റെയും അബദിന്റെയും ഇടയിലുള്ളൊരു വാസിറ്റ ഈ ആലിമയോട് പോയി വാങ്ങിക്കുമെന്നാ പറഞ്ഞു ഹദാന പറയുമ്പോൾ കൊടുത്തിട്ടുണ്ട് അടപ്പി വാങ്ങിക്കുന്നു അതിപ്പൊന്നും അലൽഫാസിന്റെ വായിപ്പ നില കൊണ്ടിരുന്നില്ലേ കൊടുക്കുന്നോ അറിയാതെ പക്ഷെ അതെ ഞാനാന്ന് വരുമ്പോളെ ഉണ്ടെന്ന് നോക്കില്ലേ ഇതബിഹി റബ്ബനാ അല്ലാഹു ദുൽ ഫൗവ സിയാഖതിനാ ജന്നത്തിൽ മഖ്വാ ജഅലനല്ലാഹു ഇൻനാം ആമീൻ ബികർമിഹി അല്ലാഹുസ് തനാ ഫീ ഹംറതിനാ അൽസ്സാലിഹീൻ അല്ലാഹു ഹഫാന ബിഉലൂമിഹി വഅസ്റാരിഹി വഅൻവാരിഹി വബറകാത്തിഹി വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ തമാം